നല്ല ശരി കൽബ് കൊണ്ട് ആരാണോ അതിനെ സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാറുള്ളത് അവർക്കെല്ലാവർക്കും ഇത് സ്വീകരിക്കാൻ ആര് തയ്യാറുണ്ടോ അവർക്ക് ഉപകരിപ്പിക്കണം അതാ പോലെ ഒന്നും മറ്റേക്ക് പോലെ മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവില്ലല്ലോ ഇതിന് എത്രന്ന് പറയാനിങ്ങനെ പുത്താനായിട്ട് ഒരാളെ വായിക്കാൻ കഴിഞ്ഞാല് മോദിക്കാരോട് ഉപകാരം ഇല്ലല്ലോ ഉത്തരവരുണ്ട് അപ്പൊ എന്തെങ്കിലും മുത്തഖ്യം പറഞ്ഞ വാക്ക് ഉറങ്ങല്ലാതെ തീരായിട്ട് കൊണ്ടേക്കാൻ ഇങ്ങനെ മുത്തങ്ങൾക്ക് മാത്രം എന്ന് പറഞ്ഞ് അവരത് ഉപയോഗിക്കുന്നു മുത്തനാളെ ഉപയോഗിക്കുന്നല്ല ശിഷ്യന്മാരെ സംബന്ധിച്ചാണ് ആ വാക്ക് وعند جعله قالتا <سؤال> لودبه الكريم الله عنده غريما يا ودينه خالص ماترمഹกระบอดีอาओ वार तानมารกโลเจลนาเทรเดโนพรന്ദി ഇസ്നാസിലാക മഡി برضو ഇന്നഹുൽ മൗลา അല്ലാഹു തആല ബോലിയാന റഹൂഫാന റഹീമാന ಅದുകൊണ്ട് ഞാൻ ഇതാ പറയാൻ പോവുന്നു വറ ആതൗഫീഖി ഇല്ലല്ലാഹിൽ അലിയ്യൽ അരീമായ അല്ലാഹുനെ കൊണ്ടല്ലാവേ തോജ്യത്തിൽ ആണ് ഇനി ഇതിലെന്തെല്ലാം പറയാനുണ്ട് എല്ലാ പള്ളികൾ മുപ്പത് അമ്മ ബാധുവിടെ പറയാനുണ്ട് അമ്മ ബാധുവിനെ പറ്റി കൊറേ ചർച്ചകളാണ് യഥാല്ലാത്ത അമ്മാ ബാദുവുമായി ബന്ധപ്പെട്ടിട്ട് ഒമ്പത് ചർച്ചകളാണ് ഒന്ന് അല്ലാത്ത അമ്മ ഒന്ന് അമ്മനെ പറ്റി അസ്ഥാനി രണ്ടാമത്തെ ഈ മൗദി ചെയ്യാ ഈ അമ്മ കലാവിന്റെ എവിടെ ചേർക്കണം എവിടെയാണ് കൊണ്ടുവെക്കേണ്ടത് തുടക്കത്തിൽ വെക്കണമോ നടുവിൽ വെക്കണമോ ഒടുവിൽ വെക്കണമോ അതിന്റെ സ്ഥാനം പണ്ട് എവിടെ അമ്മ പറയേണ്ടതെന്ന് അതാണ് അതിന്റെ മൗദ്യത് രണ്ട് അസ്താദിത്തു ഇവിടെ അസ്താടിന്ന് വീട്ടിൽ പോയി പോയി അങ്ങനെ അതിന് മൂന്നാമത്തെ ചർച്ച തിരി അമ്മ ബാഹുവിന്റെ മാന എന്താണെന്ന് പറയല നാല് ഈ ഏറാബി അതിന് ഏറാബ് വേണ്ടേ നസ്മാ വേണ്ടത് റഫാ വേണ്ടത് ജെറാവ വേണ്ടത് ഏറാബ് പറയുമ്പോ മദനിയാക്കിയ ആണെങ്കിൽ അമ്മാണോ പത്തനാണോ പത്തനാണോ മുപ്പനാണോ ആന അന്തലുണ്ടാവും ഏഴ് എസ്റ്റിമാല വരണ്ടേ ഏറാമിന് ആം എത്ര എസ്റ്റിമാല വരൂ ഏഴുണ്ടാവും പേര് അല്ല ജെറു റഫ് നസബ് ജെറു ജസ്മ പിന്നെ പേരിലുള്ളൂ പിന്നെ മകുനിയാക്കി ആണെങ്കിൽ എന്താണെന്നെങ്കിൽ നമ്മിന്റെ മേലെ കൊട്ടേന്റെ മേലെ തത്തുന്റെ മേലെ സുഖുവിന്റെ മേലെ അപ്പൊ മകിനീന്റെ നാളി ഏറ്റുമാലും ഇതിൽ കിടക്കുന്ന ഏറാവിന്റെ ഏറ്റുമാളും മൂന്നുമുള പൂട്ടിയതിലായി ഏഴു ആ മൊത്തത്തിൽ പറഞ്ഞ ഒരു അക്കം പറയും ഏറാബ് മൊത്തത്തിൽ പറയുന്നേ ഉള്ളു വേറെ പാലോ മിനിയാണോന്നെ പറയട്ടെ മകിനിയാണെങ്കിൽ എന്തിന്റെ മേലാവും പോയി അഞ്ച് ഇത് മാഗോണ്ടു ഒരു അമ്മാ ബാലോന്നുള്ളത് അപ്പൊ അതിൽ ആവിലാരി ഒരിക്കലുമ്പത്തി ആമിലടന്നാൽ ആമിലേതും ആമിലാണല്ലോ ആരാണ് ആമിലേ ഏതാമത് കരുമ്പത്തേക്ക് ആവിലും പിന്നോ ആ ആറാമത്തെ അസലി ഹാ ഇതിന്റെ അസുരന്തായിരുന്നു ആദ്യ രൂപം എന്തായിരുന്നു അമ്മാബാബു വാഴുന്നതിന് മുമ്പ് ആ ഒരു ഫോം ഉണ്ടാവുമല്ലോ മുമ്പ് അതിന്റെ ക്രൂർ അത് തമസ്താ അത് അതിങ്ങനെ മാറി എന്ന് പറഞ്ഞാൽ മതി കശീലുണ്ടല്ലോ അയ്യാസിപ്പള്ളി അതിന്റെ അസുരന്തായിരുന്നു ആയിരമാൾ ചീരിപ്പള്ളിന്ന് അത് പറഞ്ഞിട്ടുണ്ടെന്ന് ആള് കളഞ്ഞു പിന്നെ മാ കളഞ്ഞു അത് കളഞ്ഞു പറഞ്ഞിട്ട് അതിലാ ചേർച്ചാബിറോ ഏഴാമത്തെ ചെറു ചാബി റുക്കുമ്പെത്തിയ ഈ അമ്മാബാദു പറയുന്നുണ്ടല്ലോ ഏതൊരു പറയലോട്ടെ അത് എന്താണതിന്റെ റുക്കുമോ കയ്യിലെന്താ എട്ട് ഈ അമ്മിമൻ തെല്ലാം അബിഹ ആദ്യമായിട്ട് അമ്മാബാദുറ പ്രചോദിച്ചാണ് ആര് അമ്മാതുശേഷം അടുത്തേ പാ കടക്കുന്നുണ്ട് പഹാദ അമ്മാഹാദ ആ പാ എന്ത എന്തും വന്നു പക വന്നത് അമ്മള് ചർച്ച ചെയ്യില്ലേ ഓരോന്ന് പോട്ടെ ഒന്ന് അമ്മാ അമ്മ അമ്മ രണ്ടാം ത അതായത് നമ്മളെ ജുലയിൽ പറയപ്പെട്ട അമ്മ അമ്മനെ പറ്റി ആ അമ്മ എന്നത് പയ്യവദി തേക്കി അത് തേക്കിയതിന്റെ ആവശ്യകത ആ വാറു വേണം സാധാരണ നല്ല പേര് പാവ പാവിലാണല്ലേ അവിടെ കൊണ്ടിരിക്കുന്ന ഷോർട്ട് പോകുമ്പോഴേ അമ്മ ആണുള്ളത് മാ അമ്മ എക്കുണ്ടായിരുന്നു അപ്പൊ അച്ഛനെ പറയുന്നുണ്ട് രണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു അതിന്റെ ഷോട്ടാണേത് അമ്മ അല്ലേ അപ്പൊ അവിടെ ചോദ്യം ഉണ്ട് ഈ തഫ്സീലയായ അമ്മ ഉണ്ടല്ലോ അമ്മ അമ്മയായ അമ്മാരല്ലേ ആ അമ്മ ഈ അമ്മ അണോ ഇതിപ്പം അമ്മുവിന്റെ മാദുവിന്റെ കൂടെ വരുന്ന അമ്മനെ പറ്റിയിട്ടൊരു ചർച്ച ആ അതാണ് മഹമാ കൊയക്കുന്നയുടെ വാവ് കാണുന്നുണ്ട് ലാലൽ മാവൻ്റെ അത് മാവിന്റെ ആശയന്ന് ആ വാവ് അധികപ്പെട്ടാകാൻ സാധ്യതയുണ്ട് കാരണം ശേഷം പറയുന്നുണ്ട് മഹമായെ തൊട്ടും വയക്കുനെ തൊട്ടും പകരം വരിക എന്ന ആ രണ്ടു കരിമത്തിനെ തൊട്ട് പകരം വന്നതാണ് ഇത് അമ്മാ അപ്പൊ അമ്മന്റെ കാദ്യം പറഞ്ഞത് ഇത് അതിന്റെ മൗദിയും രണ്ടാമത്തെ അതിന്റെ അത് മാമിന്റെ കലാമിൽ പിടിക്കാൻ പറ്റും എന്താ കാര്യം അമ്മ ഓര് പറഞ്ഞത് അവർ പോലീമത്തിൻ അയ്യ മിൻ കളവിൽപിന്റെ മാനം കൊടുത്തത് ഒരു കളമെല്ലിൽ നിന്ന് മറ്റൊരു കറുണ്ട് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് ഞായാലും പറഞ്ഞ് ആ കലാമല്ലിൽ നിന്ന് നമുക്ക് പിടിക്കാൻ കിട്ടൂന്ന് ആ കലാമൊക്കെ എന്താ ഇതൊരു ചരിമത്താണ് ആ ചെടിമത്തിനെ കൊണ്ടുവരപ്പെടും ഒരു ഉസ്രൂപിൽ നിന്ന് മറ്റൊന്നിലേക്ക് തെറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു രൂപ പിന്നൊരു ഉസ്റൂബ് ആ മെയിൽ ഇപ്പുറത്ത് കാലം മാറാൻ വേണ്ടിയുള്ള കാലമാണ് ഇത് അമ്മ കൊണ്ടിരുന്നത് അപ്പൊ രണ്ട് ഉസ്വരൂപ് പോണോന്ന് ഏതായാലും കിട്ടി അപ്പൊ ഒന്നിൽ നിന്ന് മദ്യലേക്ക് തെറ്റുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് ഒന്ന് കഴിഞ്ഞ് രണ്ടാം ബസ്സൈന്റെ രണ്ടിന്റെ അടക്കാതിരുത്തും തുടക്കത്തി വരൂല്ല തുടക്കത്തി വരുമാനം മുമ്പിൽ വരൂല്ല കാത്തിമത്തിലും വരൂല്ല കാരണം അടുത്ത് വരുന്നല്ലോ മതത്തിൽ ഈ രണ്ട് ഉത്തരോഭം തമ്മിൽ ഏറ്റവും വരുത്തി വന്നു അങ്ങനല്ലേ ഉത്തരോഭത്തിൽ നിന്ന് മറ്റൊരു ഉത്തരവിലേക്ക് പോയാൻ പറ്റുള്ളൂ അല്ല അപ്പോ പല ആളത്തെ അത് പിടിക്കുന്നതാ അത് അത് പല ആളത്തെ ഒരേ രീതിയിലുള്ള രണ്ട് കലാമിന്റെ ഇടയിൽ വരൂടാ അങ്ങനെ ഒരു ഉത്തരവില് നിന്ന് മറ്റൊരു മാറി പറയാൻ പറ്റൂല ഒറ്റ വിഷയം ഒറ്റ വിഷയം അതി ഒരേ വിഷയം തന്നെ ഇതും ഒരേ വിഷയം തന്നെ അതിന്റെ അടിയിൽ പാടില്ല പോയി ഒസ്ലോബിയിൽ നിന്ന് വരേക്ക് പോകുകയാണ് ഇല്ലാണ്ട് മറ്റു ലോഭ രണ്ടും കൂടി ഉള്ളത് പിന്നെ വല അവിലും വരൂടാണ് തിരിഞ്ഞു അതുകൊണ്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് മാറാൻ വേണ്ടി പണക്കത്തിരുന്നോ പത്തുണ്ണി മാറി വരവിലല്ല പിന്നെ വല ആണ് വരൂടാണെന്ന് മനസ്സിലായി എന്റെ അടുത്ത് അപ്പൊ രണ്ടു സുലോഭ വേണം രണ്ടു തമ്മിൽ വ്യത്യസ്തമാകണം ആകെ നോക്ക ഇതൊരു അതായത് ഇതൊരു പറഞ്ഞിന്റെ കലാണ് ഇത് മറ്റൊരു പറഞ്ഞിന്റെ കലക്ക ഈ രണ്ട് കലാവിനാകെ നാല് സാധ്യതയുണ്ട് എന്താക രണ്ടും ഒരുപോലെയാകാം ഒന്ന് രണ്ടും പരസ്പര വൈരുദ്ധ്യമാകാം രണ്ട് ഇത് ഇത് മുസ്ലിമിനെ പറ്റിയാണ് ഇത് കുട്ടികളെ പറ്റിയാണ് പരസ്പര വരുദ്ധം ഇത് റാമസ് ആണെങ്കിൽ ഇത് അതാ നേരെ വൈരുദ്ധ്യം ഇത് മാത്ര ും തമ്മിൽ എന്തൊക്കെ പുല്ലിയായ മുരാക്കുന്നു എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി മറ്റൊരു പുല്ലിന്റെ തരത്തിൽ ഏകോപിച്ച് പോകാൻ പറ്റുന്ന സാധനമാണ് ഒരു ലോണിയായ ഒരു മന്ദ അങ്ങനെ മദാം ഇത് ഇതല്ല മനുഷ്യനും മൃഗം കൊടുത്തു നോക്ക് മനുഷ്യനും രണ്ടും രണ്ടാണ് പെട്ടെന്ന് എന്തെങ്കിലും രണ്ടാക്കും ഇല്ലേ അങ്ങനെ അല്ലെങ്കിലോ ഈ കമ്പനി പുല്ലിയായ ബന്ധമല്ല നേരിയന്തോ ഒരു മുനാസം പത്ത് എന്തോ ഒരു മുനാസ്പെട്ടു പുല്ലിന്ന് പറയാൻ മാത്രമൊന്നുമില്ല മുനാമ്പത്തി ഇല്ല ഈ അല്ല ഉണ്ടായിരുന്നു അപ്പൊ നാല് സുറത്തുന്ന് ഒന്ന ഒന്ന് രണ്ടും ഒന്ന് അല്ലെങ്കിൽ രണ്ടും യാതൊരു പന്തൂരാക്കാം അല്ലെങ്കിൽ പുല്ലിയായ മുനാസ്പത്തി അല്ലെങ്കിൽ ചെറിയൊരു മുനാത്ത പത്ത് നാലും രണ്ടും ഒന്നാണെങ്കിൽ നൂലാണെങ്കിൽ പറഞ്ഞു തോന്നുന്നു മൂന്നെ മൂന്ന് പേരുണ്ടെന്നോ മൂന്ന് വരാണിന്റെ അടുത്ത് വന്ന മൂന്ന് പേരാണ് ഇങ്ങനെ നേരെ വൈരുദ്ധ്യമായി ഇതിൻ ചെയ്യും ഇതിൻ്റെ വന്നു ഇതൊരു വിഷയം പറഞ്ഞ് അതോടെ തീർന്ന് ഇനി പുതിയൊരു വിഷയം ഇത് ജാതൊന്നുമില്ല എന്നാൽ അതിന്റെ ആ പേര് ആ ഒരു പേരുണ്ട് അതിൽ മൊത്തത്തിന്റെ ഈ മഹാനിന്റെ പരിശോധി കൊടുക്കുന്ന അതാണ് പറയുന്നത് രണ്ട് കലാമിന്റെ ഇടയിൽ വന്നു എങ്ങത്തെ കലാമ്റേനി രണ്ടും രണ്ട് തരത്തിലാണ് അങ്ങനെ വിടാമാണ് അതോടൊപ്പം തന്നെ രണ്ടിന്റെ ഇടയിൽ പുല്ലിയായണ്ട് അപ്പൊന്നും പറഞ്ഞാപത്തായി എന്നാൽ ആ അമ്മ കൊടുക്കുന്ന എന്റെ പേര് തുമ്മി സഹല്ലുസ ഞാൻ അമ്മ എന്ന് വേദി ആ അനുഭവത്തിൽ ഞാൻ തഫല്ലത്തിനോടിക്കൊടുത്തു ഒരു കലാമിനെ മറ്റേ കലാമിലേക്ക് മാറി പക്ഷെ ആദ്യത്തെ കലാ ഈ കലാമുണ്ടെങ്കിൽ എന്നിട്ട് തുല്യ ഒരു വിനാസഭത്തിൽ പല ലോകത്തിലുള്ള അനുകാരത്തെ ഏറ്റവും ഒരു പ്രയോജനം അവടെന്താണോ ലാത്തിന്റെ അനുകാരം മറ്റേ അരുകാരമുണ്ട് അപ്പൊ തുല്യ വിനാസഭത്തിൽ എന്താണ് പല ലോകത്തിൽ അവരവരുടെ അമലിന്റെ പ്രതിഫലം അനുഭവിക്കുന്നവരാണ് എന്നല്ല തുല്യാ വിനാസഭത്ത് പറഞ്ഞ ഒരു പക്ഷെ ഒരു ഭാഗത്തുനിന്ന് ഈമാന്റെ വിഷയം പറയുന്നു മറ്റൊരു ഭാഗത്തുനിന്ന് കുഫന്റെ വിഷയം പറയുന്നു കൂടാ നേരിൽ മുഫീൺ ഒരു മുനാസഭ അഥമ മുനാസഭത്തിന്റെ ഒരു തരത്തിലുള്ള മുനാസഭത്തുല്ല ഇപ്പൊ പറഞ്ഞ പോലെ ദുർബങ്ങൾ അടച്ചു എന്നാൽ ആ അമ്മ കൊണ്ടുതന്നെ എന്താ പറയാ സ്വമി എക്സുലാബൻ മഹലു തനിച്ച് എക്സുലാബു അസൽ എതിര ഈ ഭാഷ പറയുന്നത് ഇഷ്ടാബു ശനിയോ അത് മുത്തത്തില് ഭൈരവോമ ഈ രണ്ട് കലാമിന്റെ ഇടയിലുണ്ട് ചെറിയ മുനാട്ടപത്തി പുല്ലിയല്ല എന്നാലോ അതാണ് ഇവിടെ ഉള്ളത് ഇവിടെ നോക്ക് പറഞ്ഞേ എന്ന് പറയാൻ പോകുന്നത് വിശ്വ മൂപ്പർ ഉണ്ടാക്കാൻ പോന്ന കിട്ടാവിൽ ഏറ്റവും കണക്കുണ്ട് അതിലെന്താ വർക്കിട്ട് ആദ്യത്തെ നാമിക്കലാമുണ്ടെങ്കിൽ പ്രത്യേക അങ്ങനാഥത്തൊന്നുമില്ല അതേ അവസാനം തന്നെ തുടക്കത്തിൽ ഇത് ഒരു അംഗനാഥമത്വണ്ടെന്തായാലും അല്ല അതാണ് ഇവിടെ ഉള്ളത് സൊമ്മിയ അതിനെന്താ പേര് ഒരു ഭാഗത്ത് എക്സുനാബ് എന്നുകൊണ്ട് മുനാത്തബ് ഇത് രണ്ട് മുഹായിരായ കലാമായതുകൊണ്ട് നൌനാത്ത ഉള്ളത് കൊണ്ട് എന്തായി മസൂബൻ ബി തഹല്ലുസായി രണ്ടുപേരും കൊടുത്തു അതാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇവിടെ തമ്മ എന്താ കാരണം എന്ന് പറയാൻ മസൂർബത്തും ബി തഹല്ലോസ് എന്നുള്ള പേരാണ് ഇവിടെ അപചരിക്കുന്നത് തോന്നുന്നു അപ്പൊ ഒന്നിന്റെ ഉദാഹരണം പറഞ്ഞു ഇത് തന്നെ ഇനി അതെന്ത് ഉദാഹരണം പറയണം തണിച്ചെക്കു ലാബി ഉദാഹരണം പറയണം പുല്ലിയ ഗുണാത്തുദാഹരണം പറയണം തക്കൽ ദുഃ ഉദാഹരണം പറയണം നോക്കാം ലാബി എതിക്കാ മഹലിരി ചീരാ ഗുണാത്ത ഇല്ലാത്ത എന്തി പാട്ടുകാരൻ പറഞ്ഞു പറ്റിയ രണ്ടാമത്തെ പതി നോക്കിയ يوم كل يوم تبدي صرف الليالي ولوك من عبي سعيد غريبان يوم نام التبريين نام التبريين نام الانتك ونالسابة دماغك يا توري ونالسابة دماغك ماذا قلت لو رأى الله, الله تعالى قدره من ذلك أن في الشيبي خير شيبي نارتشوه على الاخدال خيرون من ذلك ജവറത്തുൽ അപറാറും അന്നാറുമായി അപരാധികൾ താമസിക്കുമായിരുന്ന ഫിൽ ഹോൾഡി സ്വർഗത്തിൽ ദീപൻ നരച്ചവരയ നരയിൽ ഹൈറുണ്ടെങ്കിൽ അന്നാരൊക്കെ കൂടുന്ന അപരാധികൾക്ക് സ്വർഗ്ഗത്തിൽ നിരകെടുക്കണമായിരുന്നു അതുകൊണ്ട് ഒരു ഹൈറും ഇല്ലാതാണെന്ന് പറയുന്നു ഞാൻ അരച്ച് പിടിച്ചിട്ടുണ്ട് ഒരു ഹൈറും കാണാനില്ലാതെ അടുത്ത വരി എന്താ പറയുന്നത് പുല്ലോമിൻ ഓരോ ദിവസത്തിലും രാത്രിയുടെ പരിണാമങ്ങളുടെ അല്ല രാത്രി പോയി പകലി പകല് പോയി രാത്രി അതായത് ദിവസങ്ങളുടെ ചലനം ഉണ്ടാക്കിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് കുലുക്കൻ മിൻ അബി സഹീദിൻ റീബൻ റീബായ അബുസൈദ് സായിബാഗ് നേരത്തെ പറഞ്ഞിട്ടില്ലാത്ത ഓരോ സ്വഭാവങ്ങൾ കാലം കഴിയുന്നതോളം പുതിയ പുതിയ ഓരോ തരത്തിലുള്ള സ്വഭാവങ്ങൾ പ്രകടമായി കൊണ്ടേരിക്കുന്നു അത് ഇത് തമ്മിൽ അവരെ ഒന്നും വന്ന കണ്ടില്ല അപ്പൊ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്തതിന്റെ ഇടയിൽ അമ്മ വന്നു കഴിഞ്ഞാൽ എന്തായി തനിച്ചെത്തുന്ന അഭാവി മാറി ഇവിടെ ഇല്ല അമ്മയില്ല പക്ഷ വൈരുദ്ധ്യമായ ചുമല്ല കാണിക്കാനല്ലേ ഉദാഹരണം ഈ ജാതി വെരുത്തും കണ്ടാലേ അമ്മ വന്ന തഹലത്തിന്റെ എന്താ ഇത്തുതാത്തിന്റെ അമ്മ എന്ന വീരും ഇല്ലാത്ത വരുത്തി സൂചിപ്പിക്കാനുള്ള മാറ്റം പറയുന്നു ഓരോ ദിവസത്തിലും രാത്രിയും പകരം പകരം രാത്രിയായി മാറി വരുമ്പോൾ അപൂർ ശരീരത്തിൽ നിന്ന് ഓരോ പുതിയ പുതിയ സ്വഭാവങ്ങൾ ഇങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു എന്നതും നരത്തി ഹൈറില്ലെന്നവരെ നമ്മൾ യാതൊരു കൊണ്ടുപോകുന്നില്ല പിന്നെ നൌഹ മുനാസത്തിന്റെ നമ്മുടെ കിതാവ് തന്നെ പറഞ്ഞത് അക്കമാന ഇനി എന്താകണം പറഞ്ഞത് എന്താണാലും രാജാവിനെ കാണാൻ പോയി രാജാവ് ചോദിക്കുന്നത് മധുലാണോ ഇവിടെ വന്നതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൂര്യോദയമാണോ മസല ഐശ്വംസ് സൂര്യോദയമാണോ അവിടെ വന്നിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ കല്ല അതല്ല മസുല ഔത് ഔദാര്യത്തിന്റെ മസല ആണ് വേണ്ടത് എന്ന് പറഞ്ഞു കുറച്ച് കാറ്റ വിട്ടതും സൂര്യൻ എന്താ കാര്യം അപ്പം ഇവിടെ കണ്ട ഇങ്ങോട്ടുള്ള ചോദ്യം മതിലെ ഐശ്വംസ് അപ്പൊ മത്തല രണ്ടുണ്ട് സൂര്യന്റെ മസല ഉണ്ട് ജ്യൂതിന്റെ മത്തലുണ്ട് അല്ലേ അപ്പൊ മത്തുലൈന്റെ വിഷയത്തിൽ രണ്ടാൾ ഒരുമിച്ചുകൊണ്ടിരുന്നു ജൂത് ഉദ്ശംസ് അത് വേണോ ഇത് വേണോ അതല്ല ഇതാണ് വേണ്ടത് അപ്പൊ എന്തേ മധുര ഷംസിൻ ചടയിലും മധുര ജൂതിന്റെ മധുര എന്റെ പുല്ലിയായ ബന്ധമുണ്ട് മത്തലൈന്റെ രണ്ട് പുറത്തുകളാണ് പക്ഷെ അത് ഇതാണ് വേണ്ടത് ഒരു മാതൃ അപ്പൊ അതാണ് തഫൻ ഈ ജാതി കലാമിന് പറയാ തഫൻ അതാണ് തീർന്നു എന്നിവ അമ്മ മായാഹാവല്ലേ അത് ബാദു ഉൾപ്പെടെയുള്ള മാന പറഞ്ഞു കേട്ടെ ബെറു അമ്മന്റെ മാനയല്ല മാന പറഞ്ഞാലും മാനക്ക പൂർത്തിക്കൊള്ളൂല ആ മുറക്കവിന്റെ മാന പറഞ്ഞു അമ്മ ബാദു അല്ലേ അല്ലെങ്കിൽ നമുക്ക് പഹുവാ നക്കീന്ദു കവിലു കവിലു എന്ന് പറഞ്ഞതിന്റെ നക്കീന്ദാണ് ബാദു ഇങ്ങനെ നോക്കുന്നത് അമ്മാ ബാദു അപ്പൊ കബിലു പറഞ്ഞൊപ്പത്തി ബാദുവിന്റെ വായന അവിടെ പറയുന്നത് തന്നെ അപ്പൊ ഈ ബാദു ലർബൻ जमान വകാന ലർബൻ വന്നിക്ക് जमानാനല്ല വകാന ആറം സമയത്തെ കുടിക്കാൻ ആണ് जमानാനാണ് മക്ക തലത്തിനെ കുടിക്കാൻ ആണെങ്കിൽ മക്കനാണ് ഓറ പറയുന്നർഫു जमानാന കതിരൻ ദാനാലവും സർഫുലം സമാന ആയിട്ടാണ് വെടുവാൻ വമകാനൻ സർഫു മകാനാണ് കാലിയൻ കുറച്ചു ഇവിടെ എന്താണ് വഹിയു ഹനലിസ് സമാലി ഇവിടെ നിർത്തു സമാൻ നബ കതിരായ പ്രോഗതിപ്പെട്ടതാണെന്നു ഉം ലാ തൈറു ഏതാകാൻ പറ്റൂല മക്കാനാകാൻ പറ്റൂല മറ്റേക്കൂടാന്നല്ലേ പറയുന്നത് അവിടെ ഒരു കോരുണ്ട് വരും ഇപ്പൊ നിങ്ങൾ ഇന്നാലെ പറഞ്ഞിട്ടുണ്ട് എഴുത്തിന് ഇപ്പോൾ ചേർത്ത് നോക്കിയാൽ എന്താക്കും മക്കാനാകുമെന്ന് എടാ നമ്മ പർച്ചനിലേക്ക് ചേർത്താലും എഴുത്തും വാമൊഴിയും വരമൊഴിയും എപ്പോ വാമൊഴിയിലേക്ക് ചേർത്താൽ ഞാൻ അമ്പുതലാത്ത് ചെല്ലിയതിന് ശേഷം എനിക്ക് പറയാനുള്ള സമയം നടത്തേ ഇതെന്നെ പറയുന്ന എഴുതിയാലോ എഴുതിയാല്റക്കം രേഖ കള്ളത്തിനല്ല എഴുതുന്നു അതിലേക്ക് ചേർത്താൻ മക്കാനാവുമല്ലോ അപ്പം വിസ്മി അബുൽ തലാത്ത് സലാമൻ എഴുതിയതിനു ശേഷം എനിക്ക് എഴുതാൻ പോകുന്ന പറഞ്ഞ് മക്കാനില്ല പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് ബൈദുൻ അത് കുറേ ദൂരത്താണോ സ്വീകാര്യമല്ല ആര് പറയും നോക്കുമ്പോ ഹക്കുശാരും ആകാൻ അശാരി നൂപ്പർത്താതന്നെ നൂപ്പറോ ചെല്ലിക്കൊടുക്കും പറഞ്ഞിട്ടുണ്ടാവും മറ്റേ കിതാബ് സാധ്യ ചോദിച്ചിടന്നില്ല ഓട് പറഞ്ഞില്ല ഞാൻ ജേത്തിന്റെ നോക്കിക്കൊണ്ടിട്ടുണ്ടോ അപ്പൊ ശാരം ജയത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോ മക്കാനാണ് നേർക്ക് മക്കാനാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് നേർക്ക് സമാധിയാവുള്ളൂ അടിയരായിട്ട് മക്കാനും ആകാം അതടത്തു തന്നു ഇനി ഏറാബ് പറയാ അതിന്റെ അടുത്ത് ഈ ബാധു ബാദി ബാഗ് നാല് ഹാരി വരാം നാല് ഹാലിൽ എന്താകും സലാദത്തിൽ മൂന്ന് ഹാരി വരബു സ്വം നമ്മു ലസുലീസു ഇനിയോ ആ തു ഹാലും ആ നാലിൽ ഒന്നുണ്ടല്ലോ ഒരു ഹാലത്തിൽ മബിനി ആയിരിക്കും അത് നമ്മളെവിടെ പറഞ്ഞു കപുലോ ബാബുലും അവിടെ പറഞ്ഞില്ലേ െ എങ്ങനെയാണ് ലത്ത് കാർപ്പിക്കുകയും ചെയ്താൽ അതാ നമ്മൾ നോക്കുന്നല്ലേ മീൻ കബരി ഹാത മെന് കണ്ട് കബലി ഹാത വന്നതിന് മെന് ജെറന്നെ വന്നല്ലോ കബലി ഹാത മീൻ കബലി ില്ലേ മുലാഫിലിന്റെ ലഭുത കളയുകയും മായാടെ ബാക്കിയുണ്ട് അതാണ് അമ്മ ബാദു അങ്ങനെയാണ് ബിസ്മി അബ്ദുൽ സലാദ് സലാമിന്റെ ശേഷം നടത്തപ്പെട്ടത് മുലാഫിലിന്റെ ലപുത ഇല്ലെങ്കിലും മാനാടുണ്ട് അപ്പൊ മഹിനിയേ മഹിനിയാ തോർത്തവിടെ ഉള്ളത് അതൊന്നല്ലോ അതൊക്കെ അമ്മാവോ അസുഖവും അത് പറയേണ്ടതില്ലോ എല്ലാവർക്കും അറിയാലോ ഇനി ആമിലി വേണ്ടേ ഏറാവ് കൊടുക്കുമ്പോഴൊരു ആമിലി വേണല്ല എന്താമിരിയുടെ ആമിന്നാണ് ആദ്യം പറയുന്നു അമ്മയാണ് ഇവിടെ ആമിൽ അപ്പൊ അമ്മക്ക് എന്താമില് അനന്നഹാൻ കാട്ടിൽ ഷർത്തിന്റെയും നേരത്തെ പറഞ്ഞ മഹ്മാക്കുൻ എന്നോട് ഇതിൽ തോന്നിണ്ട് മഹ്മാക്കുൻ എന്ന് പറയുമ്പോൾ ഷർത്തിയ ജിംലാണറിയുന്നു വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ അർത്ഥം പറ്റുന്നു വല്ലതുമുണ്ടെങ്കിൽ അതിന് ജവാബ് വരണം ഇതാണ് എന്റെ അടുത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഇതാണ് വല്ലതും ഉണ്ടെങ്കിൽ എന്നെല്ലാം സൂചന അടുത്തേക്ക് ഒന്ന് ചെറുത്താ അപ്പോ ഈ അമ്മാ ഇത് ഷർത്തിന്റെ മുട്ടല്ലക്കാട്ടിലാണോ ജതയിലാണോ ബന്ധപ്പെടുക എന്നാണ് ഒരു ചർച്ചയുണ്ട് ഈ ബാഗാണെല്ലാം ലിപ്പുന്നുണ്ടല്ലോ ചെറുപ്പുമായിട്ടാണോ ബന്ധം എല്ലാ ജതാവുമായിട്ടാണോ ബന്ധം അവ കർത്വിന്റെ മുത്തല്ലഖാബിൽ പറ്റതാണ് എന്ന് വെക്കുമ്പോൾ അമ്മയാണ് ആവിലി ആവൽ ജസാഉ ഇലംഗൽ ജസാഅാണ് ആവിലി അനാ അനി മുത്തല്ലഖാതി ജസാഇൻദ മുത്തല്ലികാണെന്നു വെക്കുന്നവത거든요 മറ്റൊന്ന് പറഞ്ഞോ ഫതഖദീറു അലൽ അവൽ അവരെന്താ ശർത്വിന്റെ മുത്തല്ലഖാതാണെന്ന് വെച്ചിട്ട് അമ്മ അമല ചെയ്യുന്ന അഹ്മായ ഖുൻ വിൻ ഷൈഇൻ ബഅദ മാ തഖദ്ദമ ഹനോ മഹുമാക്കും മീൻഷൻ വല്ല വസ്തുവും മൊഴിതാവുകയാണെങ്കിൽ എന്തിനുശേഷം അന്ത് സ്ഥലത്ത് സ്ഥലത്ത് തക്കത്തമ്മ അതിനുശേഷം അപ്പൊ ഭാര രാമേടായി ഈ അമ്മയാണ് അമ്മ അമ്മ മഹുമായക്കുൻ എന്ന് പറഞ്ഞ സ്ഥാപനമാണല്ലോ അമ്മക്ക് അമ്മന്റെ അറ്റുകാട് അതാണ് പച്ചോ ഈ അമല ചെയ്യാനായിങ്ങോട്ടാ പോയിനി മഹ്മായക്കുൻ എന്ന് പറഞ്ഞ ചുമലെ പോകുമ്പോ ആരേപിച്ചിട്ടുണ്ട് അമ്മ അപ്പിച്ചില്ലപ്പോ ഈ അമ്മ ആരാക്കണം മഹമ്മ യക്കുന്റെ അമല ആരേ അമൽ ചെയ്യണം അമ്മ അമൽ ചെയ്യണോ അപ്പൊ ഷെർപ്പിന്റെ മുത്താലത്താന്ന് പറയുമ്പോൾ ഈ ഭാരത ആമരാരായി അമ്മയായി അമ്മ എന്ന് വെച്ചാ അതായത് മഹമ്മയക്കു പറഞ്ഞ താവനു അത് നയിക്കു മഹ്മാ യക്കുന് നയിക്കും അത് ബാലസ്ഥാനി അനുസരിച്ച് ജസാദാൻ ആമിരെന്നാ പറയുന്നത് അല്ലേ മഹുമാക്കുൻ മിൻ ഷൈഇൻ ഫ അക്കോരു ബാധമാക്ക ഈ ഫോലു ആണ് ജവാബ് ശർക്കന്റെ ജവാബ് മഹുമാ യക്കുൻ മിൻ ഷൈഇൻ ഫഅലു വല്ല വസ്തുണ്ടാകുകയാണ് ഞാനിതാ പറയുന്നു പറയത് എത്തോ ബാധമാക്കോലു ആണ് ബാധാ ആമിനി അക്കൂലു പായടാം മറ്റേതാ മഹുമാക്കും മിൻ ഷൈൻ പായടാം മഹുമാ യനാണ് ആമിനി ഒരു നെറുപ്പ് കൊണ്ട നെറു ലാമിലി കൊണ്ടേ ഇപ്പൊ തുൽ മസ്ജീദെന്ന് പറയുമ്പോ അൽ മസിദ ലാമിലാലാണ് ദഹലല്ലേ അതുപോലെ തന്നെ ഇത് ജവാബിന് വന്നപ്പോലുവാണ് ബാല ലാമിലി ശേഷം പറയുന്നു മറ്റേതോ ബിസ്മി ഹലാത്തിന് ശേഷം വല്ല വസ്തു ഉണ്ടാവുകയാണെങ്കിൽ അല്ലാരാണ് അതന്നെ എന്നാൽ ഇത് രണ്ടും നേതാ നല്ലത് അതും പറയണ്ടെ ഷർത്തിന്റെ മുത്താലക്കാത്ത ആക്കലോ നല്ലത് ജതാവിന്റെ മുത്താലക്കാത്തിന്റെ ആക്കലോ നല്ലത് അത് മുത്താലി ഷെർത്തിൽ ആക്കലാണ് ഔല എന്നാ ഔലാവാനുള്ള കാരണം ആ ഔല അന്നെ പറയുന്നത് അതല്ല താനി താനി ആക്കലാണ് അല്ലെന്നല്ല നിന്ന് هذا مَعُولا وَالِấyِ تَنِotherُ مِالِي favourِليَ عن الله لأنه يكون الذرة يكون المعُلَقِين معلَقًا عَلَی وُعُلَقًا عَلَي وَعُلَقًا عَلَى خَيِّ ی إن مُـooَلَقًا تَحْم قضاء كُمًا عَلَى خَي пиш opportunities هذا لا هذا الا clerk الك miraculous عُلَقًا قرم عَلَقًا الذراف active على حُّلَقًا حَلَّكًا عَلَى خَيsin Experience خَيحْنًا غَلَقًا عَلَى إِبَّهِ خَيْجِ luôn ഞാൻ പറയപ്പെട്ട കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു അപ്പം സലാം അൽ ജലീച്ച എന്റെ കിതാബ് കേൾപ്പിന് ഞാൻ തലോട് കൂടൂ എന്ന് പറഞ്ഞു തൻസൈ അപ്പൊ മുത്ത പട്രത്ത കിതാബ് വാങ്ങിയെന്നുള്ള വാദം കിട്ടുന്നുണ്ട് അങ്ങോട്ട് വൈദ്യു നോക്കാ താനൊക്കെ മഹമാൻ എല്ലാവർക്കും ലോകത്തെ മോചിതാക്കുകയാണെങ്കിൽ ൂലും ആ അക്കൂല അക്കൂല ഏതാ കാവനും പോ കിതാബ് അതല്ലേ അത് ഞാൻ പറയലെപ്പോസ്മി സലാദ് സലാമീന് ശേഷമേ പറയുള്ളൂ എന്ന് പറയുമ്പോ ഇതെല്ലാം അമുഖമായി പറഞ്ഞിട്ട് പറയാവുന്ന ഒരു കാര്യ ശേഷം പറയാൻ പോകുന്നു അപ്പോ കിതാബിന്റെ പുകയിലെത്തുകൂടുന്നുണ്ട് അങ്ങനെ വസു അച്ഛന് നേരത്തെ പറഞ്ഞ് പറഞ്ഞു വാഴ്ചയാകാൻ തരുന്നില്ലേ أنا أبداً لما تعيث في صفحة الرابعة نورنا ما أبداً نورنا ورنات ليفا أنا مين شيء كما تقدم إني وعمائكم اللي كان بها أزند فالاستهباد أضوح سنة تعرنا قال لي بند يقدام بالنبي <سؤال> صلى الله عليه وسلم تقامنا جيدوا تندو لأنه كان يعتيبها في خطبه ومكاتباته تنغرى خطبايدهم അതുപോലെ കത്തടപാടുകളിലും അമ്മാനാത് തങ്ങൾ കൊണ്ടുവരാറുണ്ട് അത് നമുക്ക് മാതൃകയാണ് ഇനി അവർക്കണ്ടി എട്ടാമത്തേത്മാത് ലോകത്ത് പറഞ്ഞാൽ ആര് തമ്മിലാ അതിനുള്ള ഹിലാഫിനെ ചിലർ ബൈസാക്കി പറഞ്ഞിരിക്കുന്നു ൂറൂം അഞ്ച് ആളുകളെ പറ്റിയാണ് ആദ്യത്തെ ആളുകളുടെ അഭിപ്രായം ദാബൂത് അലേഹിസലാമാണെന്നാണ് നേട്ടമത് നമുക്ക് ജറൽ കൊല്ലവും ഫിലാബോ എന്താ ഹിലാബാദി അൻ അമ്മാബാദു എന്നത് ആരാണ് തടതുടങ്ങിയത് കൊണ്ട് ഹംസ് അഞ്ച് ദാവൂദിത്തലാണെന്നാണ് അക്രബാദ കൌരി അതാദ്യം മുന്തിച്ചു അത് കാരണം പറഞ്ഞില്ലേ فصل الخطاب من الله سورة صادر للخطاب فصل الخطاب يما بأيض أن كلمة تأيض نعام شروجي أكادي مرة هذا تريب جادة سنة النابود عليه السلام على التارض وما بعده يعني النابود عليه السلام على كياني النعضة لبنام قصة صحباني قيب يهرب ينجل نعي تطيب آيتي قصة اللبنام على الاربية قبيلا قلت لك بديية سائتة الليلة مجموعة نهاية كمارو أنجة اللبية لانت ഒന്ന് പസ് മുക്തെ ചെറയിക്കാണ് പേർമ്മിക്ക് സഹബാൻ ചില പ്രസംഗത്തിന്റെ ആള് ചില ലേഖനത്തിന്റെ ആള് കവിത ആളല്ലോ ലോകപ്രതിഗ്ധരായ കഥികൾ ഒന്ന് കാവി അത് കാവ് സുഹേമാകാൻ തരുന്ന കുറുപേക്കായാലല്ലോ മനസ്സ്വാദിന്റെ മുത്തനില്ലല്ലേ പിന്നെ യവറൂബ് ഉണ്ടല്ലോ അറബി കബീലന്റെ യവറൂബ് എത്താൻ വേണ്ടി രണ്ടാളില്ലേ അറബി കബീലന്റെ പോപ്പം അത് ഇങ്ങനെ നാലാളെപ്പറ്റി അവരാണ് അവരാണെന്നൊക്കെ ഇനി പാളുണ്ടല്ലോ ഈ ജവാബിൽ വന്ന പാൽ അത് പയ്യ റാബ്യത്തുള്ളിൽ ജവാബ് ജവാബിന്റെ ഭാഗിത്യാന്ന് ഷർ മഹ്മാഅം ഷൈഇ ഇൻഫാൻ ഷർഫിന്റെ ജുമല പറഞ്ഞ ആ ജതാജണ്ടാക്കണം പാള ആ പാന്റെ ഭാഗ്യത്തിയാക്കാന്ന പാൽ അവർ ഇനി അപ്പൊ അമ്മാനോ അതിനെപ്പറ്റി എനി ഹാദനെ പറ്റിയൊന്നും പറയാനുള്ള അതെന്താ പറയുന്നെ ഷെറുഹിൻ പറയുമ്പോ ഒന്നിക്കെന്താക്കണം ഇത് മത്തറാണ് ഷറഹ്റഹ എന്ന് പറയുമ്പോൾ മത്തറല്ലെ സ്ഥാപനം മത്തറാക്കുമ്പോൾ ഒന്നിക്കിന് അതിന് തെവിൽ കൊടുക്കണം ഷാരിഹന്റെ നിസ്മ പാഴായി തെളിവീല് കൊടുക്കണം നിങ്ങൾക്ക് നേരെ നിസ്മ പാഴായി തെളിവില് കൊടുക്കണം അല്ലെങ്കിൽ ദൂശറഹ എന്നിട്ട് ധൂന കൂട്ടി കൊടുത്താലും മതി എന്നാൽ ഇത് തെവിയിലാക്കേണ്ട ധൂന കൂട്ടിയാ മതി അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഷറഹ് ഇത് നോക്ക എന്നുള്ള മസ്തർമി തേവിൽക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ മുദാബ് കളഞ്ഞു പോയിട്ടുണ്ട് എന്ന് കലാമസിക്കണം ഐ അതൂറഹിൻ ഇത് ഷെറഹിയ കലാമാകുന്നു എന്നിട്ടോ എന്നാ പിന്നെ അത് തന്നെ അങ്ങനെ പറഞ്ഞുകൂടെ നിങ്ങൾ മസ്തർ എടുത്ത് വെച്ച് എന്തിനാ അത് ഉച്ചരിക്കാനയിൽ മാനൽ മസ്തരിയും അതിന് മസ്തരിയായ മാന കൊടുക്കുന്ന മുമ്പാരങ്ങൾക്ക് വേണ്ടി ജയിതൻ അതിലെന്ന് പറയാറുള്ളത് പോലെ ജയിതൻ ശരിക്കുന്ന നീതിമാനായ വ്യക്തി എന്ന അർത്ഥം അതിലുള്ള ജയിതന്നെ നീതി എന്നല്ല അത് ഒരു ദാത്തിന്റെ മേലെ ഒരു സിപ്പത്തിനെ നേരെ അമലാക്കിയാൽ അത് അല്ലി നേരെ കൂട്ടാവൂല്ലോ ജയിതം തുറക്കും ജയ്തെന്ന് പറഞ്ഞ അടിയാന്നിപ്പോ ഓനം ഭയങ്കര അടിയാണ് എന്ന് പറഞ്ഞാൽ ദാരിവാണെന്ന് അല്ല നൂറ് മീൻ കൊടുക്കണം അപ്പൊ ആ മുബാദനത്തിന് വേണ്ടി മത്തരം ഒന്ന് ആന പറഞ്ഞു കൊണ്ടു അത് ഷെറുഹൻ എന്ന് പറയുമ്പം തന്നെ ആ വേണം അവസരത്തിൽ ഈ പറയപ്പെട്ടത് അല്ലാതെ മറ്റൊന്നെ ആദ്യം തന്നെ ഷെറോഹൻ എന്നത് ഷാരിഹന്റെ മായനക്കായി മായനയിൽ ഷാരിഹിന്നാണ് പക്ഷെ നിങ്ങൾക്ക് മക്ര ഉപയോഗിച്ചു അതിലില്ലത്തല്ലേ അപ്പൊ അവ വേണം അതുകൊണ്ടാ അത്തരം തറയിൽ മൂന്നാമത്തെ ഷിഖായി മാറുമല്ലോ മൂന്നാമത്തെ ഷിക്ക് അല്ല ഒന്നാമത്തെ ഷിക്ക് പോലെ തന്നെ ഇത് വരുന്നു വാരാ പുല്ലിൽ നിങ്ങൾ എന്തെടുത്താലും തിരക്കില്ല നൂ ചെറുത്താനും കുഴപ്പമില്ല സാരി ഹിന്ദാനും കുഴപ്പമില്ല എന്തുവട്ടെ ഇസ്നാദ് മതം അപ്പൊ എല്ലാ പൊന്നിലേക്കൂപ്പർ ജോടിയായിരുന്നു ഇസ്തനാഥ് മതേതം എന്ന് പറഞ്ഞാലോ ഹാപ്പി കത്തൽ വ്യാഖാനിച്ച് തീർന്നാലാണെന്ന് മുസ്ലിംലീഖിന്റെ കഥാപം മുത്തന്നിപ്പിന്റെ കലാവ് ശര എങ്ങനെ കൈക്കയക്കലി മുത്തന്നിപ്പന്റെ വേക്കയക്കുന്ന ഈ കിസ്താബാതെന്ന് എഴുത്തല്ലോ അപ്പൊ ഇസ്ലാദ മജാദ് അപ്പം ഒരു സാധനത്തിന്റെ അനേകിയായ പാലിലേക്ക് ചേർക്കാതെ അതുമായി ബന്ധപ്പെട്ട് എന്തിനേക്കോ പിടിച്ച് ചേർത്തല്ല എന്താ പറയും ഇസ്നാദിന എന്ന് പറയാം ഭക്ഷണം കഴിക്കുന്ന മേശ എന്ന് പറഞ്ഞ് ആ ഭക്ഷണം കഴിക്കുന്ന മേശത്തോട്ടിപ്പം ി എന്നുവച്ചാൽ ഭക്ഷണം കഴിക്കൽ എന്ന പേര് ഏതെങ്കിലും വെച്ചാണോ ഭക്ഷണം കഴിക്കാനുള്ളത് ആ മക്കാണിലേക്ക് ആ ഇസ്നാദ് പോയത് അതായിട്ട് പത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ അത് കൊണ്ട പ്രയോഗം ഇന്ന മഹാനികളെല്ലാം വെളിവാക്കിത്തരും ദയത്തിനുണ്ടാകുന്ന തകതിയും മുൻച്ചിലൊക്കെ ഉണ്ടാക്കുന്ന എല്ലാം പൂർവയാക്കി ജിബാറത്തെ ശരിയാക്കി തരും ി എങ്ങനെയാണ് അല്ലഫൽ അലിഫോ നിദാമ മതിൽ അൽത്തോണ്ട് ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അല്ലഫൽ നേരത്തെ ചെയ് ആ മാന ശരിക്കും ഒഴിവാക്കത്തക്ക രീതി ഇനി മുന്തിച്ചും ഇറക്കി തുറക്കിയിട്ടു ഇതെല്ലാം ആക്കുന്ന ആൾ ആരാന്ന് ആ ശബ്ദം ഈ കൽ ഈ ഷറഹാന്റെ കിതാബ് എല്ലാം ഉണ്ടാക്കുന്നു ഷാരി അത് ഇസ്ലാമെന്ന് പറഞ്ഞത് അതാ തീർന്നു ഈ ഷറഹീൻ എന്റെ പ്രത്യേകത ഒന്ന് ലത്തീഫാണ് എന്നാണ് പറഞ്ഞത് ലത്തീഫിന്റെ അസിലാണ് പറഞ്ഞത് ലത്തീഫ് എന്നുള്ള ആ വസ്തുണ്ടല്ലോ ആ അസിലിൽ പറയപ്പെടും അല റസീഖിൽ ഘടകങ്ങൾ വളരെ റഫീഖായ സാധനത്തിന് പറയും റഫീ ലെന്ന് പറയും ചാക്ക് കൊണ്ടത് കുറേ കടുപ്പം കൂടി കട്ടിയില്ല അതല്ല ഏരിയ കുറിച്ച ചുരുട്ടിയാൽ തന്നെ കിട്ടുന്നൂലെല്ലായിട്ട് കനം കുറഞ്ഞ ചുരുട്ടി ചോയ്ക്കുന്ന കനം കുറഞ്ഞ ആ പഞ്ഞം മുളകി അല്ലെങ്കിൽ മറ്റേ ചില തട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ സോഫ്റ്റ് അച്ഛാ കിവാമല്ല നേര് സാധനം ഉണ്ടാവും സോഫ്റ്റ് അതിനെ പറയാറുണ്ട് വല ഷപ്പാഫില്ല മാ വറാകു അതിന്റെ അപ്പുറത്തേക്കിൽ തടഞ്ഞു വെക്കാതെ പ്രകാശം കടന്നുപോകുന്ന ഷപ്പാഫുണ്ട് ട്രാൻസ്പേരന്റ് ആയ സാധനം ഗ്ലാസ് പോലത്തെ അതിനും പറയാറുണ്ട് ഇത് ലപ്പീസ് എന്ന് വാലാ തൽ ഹി കട്ടികം പറയും എന്നിട്ട് ലഫീസ് എന്ന് പറയും ഇവിടെ ഏതാ ഉദ്ദേശം ഇവിടെ ഉദ്ദേശം ഇവിടെ കട്ടികൊറാവാനേ തരുള്ളൂ ഇങ്ങനെ അപ്പുറം നോക്കിയാൽ കാണുന്ന അർത്ഥം പറ്റിയാൽ ശരിയാവില്ല അതിന്റെ തിവാമിന് നേരിയ സാധനങ്ങളാ ഉള്ളത് എന്ന് പറഞ്ഞാൽ ശരിയാ ഈ മൂന്നാമത്തെ അർത്ഥേ ശരിയാവുള്ളൂ മൂന്നാമത്തെ അർത്ഥമാണ് ഉദ്ദേശം എന്തെങ്കിലും വൽമുറാ ദുന ലാജിമുഹ് അല്ലെങ്കിൽ ലാജ്യമായ മാനി മുറാതുള്ളൂന്ന് എന്തുകൊണ്ട് കട്ടി കൂടുതലുണ്ടോ പോന്നിട്ടുണ്ടോ എന്നതെല്ലാം പ്രശ്നം ആൾക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എളുപ്പത്തിൽ മനസ്സിലാകുന്നതാണോ അപ്പൊ കട്ടി കുറഞ്ഞാൽ സ്വാഭാവികമായി ലാദ്യമാണെന്തെന്ന് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും വേഗം ഒട്ടി തീർക്കാനും കഴിയുമെന്നുള്ളത് ആ ലാദ്യം ഉദ്ദേശം അപ്പൊ ലത്തി എന്റെ അർത്ഥം തോളുപ്പണിപ്പോ കട്ടി കുറഞ്ഞ അർത്ഥം വെക്കരുത് എളുപ്പത്തിൽ ഓതാരം മനസ്സിലാക്കാനും കഴിയാവുന്ന ഒരു കിതാബ് അതിന്റെ ലാസിമ അർത്ഥം വന്നു അപ്പോൾ മത്സ്യമ പറഞ്ഞിട്ട് ലാദ്യം ഉദ്ദേശിക്കുമ്പോഴുമ്പോൾ മജാദ്ണ്ടായി മജാദ് മുറുത്തലായി അപ്പൊ എല്ലാ പണ്ടും എന്താ മജാതഹൂഹൃത്തു പറഞ്ഞാല് ആദ്യം ചിന്തിക്ക ഒരു നക്കുന്ന് ആ നക്കുന്ന ഹട്ടീക്ക് കിഞ്ഞ ഒരു മാന ഉണ്ട് അല്ലെങ്കിൽ ഹട്ടീക്ക് അല്ലാത്ത മാനയിൽ പ്രയോഗിക്കും രണ്ടാല് ഒന്നിലുണ്ടാവുള്ളൂ ഒന്നിക്കിൽ അതിൻറ്റേതായ മാനയിൽ പ്രയോഗിക്കും അല്ലെങ്കിൽ വേറെ മാനയിൽ പ്രയോഗിക്കും ആ വേറെ മാനയിൽ പ്രയോഗിക്കുമ്പോൾ ഹട്ടീക്ക് കിഞ്ഞ മാനയുമായി ബന്ധം വണ്ട് അല്ലെങ്കിൽ ബന്ധമില്ല രണ്ട് സാഹചര്യം ബന്ധമില്ലെങ്കിൽ ഹത്താ പേര് ചർക്കുണ്ട് മാങ്ങാൻ അർത്ഥം വെച്ചാൽ ബന്ധം ഇല്ലല്ലോ ബന്ധം ഇല്ലെങ്കിൽ ഖത്തൽ പരിച്ചുപോയി അർത്ഥം പൊക്കല് അല്ലെങ്കിൽ പറഞ്ഞത് ഹട്ടീക്കത്തും മജാദ് വരണമെങ്കിൽ ഹട്ടീക്ക് കഴിഞ്ഞാൽ മാനുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധ ഒരു കണക്ഷൻ വേണം അല്ലെങ്കിൽ കത്തറായി പോകുന്നില്ലേ നമ്മൾ എന്തെങ്കിലും ഓടിയാ അല്ലെങ്കിൽ നിർത്താത്തിന്റെ അല്ല ഓടിക്കത്തിന്റെ ആവശ്യകത ഇപ്പം തിരിഞ്ഞു അതിന്റെ ഒറിജിനൽ മാനുവിൽ പ്രയോഗിച്ചാൽ ആ പ്രയോഗത്തിന് എന്തുവേര് ആ ലോൺ ഹട്ടീക്കത്താണ് മറ്റൊരു മാന അതുമായി ബന്ധമുള്ള മറ്റൊരു മാനയിൽ പ്രയോഗിച്ചാൽ മജാസ് ഈ മജാസ് രണ്ടു തരത്തിലുണ്ട് ഈ ഹീകയായ മാനയും ഈ പ്രയോഗിക്കപ്പെട്ട ഇപ്പോഴുള്ള മാനയും തമ്മിൽ മുഷാബത്തിന്റെ ബന്ധമാണ് ഉള്ളതെങ്കിൽ അസ്തിഹാറത്ത് പുതിയ പേര് എന്താന്ന് ഇസ്തിഹാറത്തിന്റെ മജാസ് എന്ന് കരുതി അല്ലെങ്കിൽ മജാസ് മുറിച്ചു തരും മൊത്തത്തെ ആ പഞ്ഞിൽ പറഞ്ഞെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ അത്തേക്കത്തെ മജാദിനെ പറ്റി മുക്തത്തലിൽ പറഞ്ഞ തലഹീത്തിൽ പറഞ്ഞ കമ്പനി ഞാൻ പറഞ്ഞെടുത്തീർത്തു ഒരു ലെഫഡ് ഒന്നിക്കിൽ അതിന്റെ ഒറിജിനൽ മാനാത്ത് പ്രയോഗിക്കും അല്ലെങ്കിൽ റൈറുകൾ പ്രയോഗിക്കും റൈറൽ പ്രയോഗിക്കുമ്പോൾ ഒന്നിക്കിൽ ആദ്യമത്തെ മാരിയുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ ബന്ധമില്ല ബന്ധമില്ലെങ്കിൽ അത് പിഴവ് ആ ബന്ധമുണ്ടെങ്കിൽ രണ്ടുതരം അത് മജാദ് ആ ബന്ധം ഒന്നിക്കിൽ മുഷാബഹത്ത് ബന്ധമാകാം എന്റെ അതികായ മാനയും ഈ പ്രയോഗിക്കപ്പെട്ട രണ്ടാമത്തെ മാനയും തമ്മിൽ മുഷാബഹത്തിന്റെ ബന്ധമാണോ എന്ന പ്രയോഗത്തിന്റെ ഇത്തിഹാറത്തിന്റെ മജാദ് എന്നുപേരായി അല്ലെങ്കിലോ മജാദ് മുറുക്കൽ എന്നുപേരായി മജാദ് മുറുക്കൽ കുറെ ബന്ധങ്ങളുണ്ട് ഗാന്തി മത്സമ്മിന്റെ ബന്ധമുണ്ടായാൽ മതി മക്കാനിയായ ബന്ധം എന്തെങ്കിലും ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് അല്ലേ കൊണ്ടുപോയി അന്തങ്കൊന്ന് കോട്ടം കിട്ടിയാൽ മതി എന്നാൽ തടഞ്ഞു തരാൻ ഇവിടെ നമുക്ക് മത്സവം പറയുക ലാതിമുദ്ദേശിക്കുക അല്ല മജാത്ത് മുറുത്തരായി അപ്പൊ മജാദ് മുറുത്തലും മിനിസിലാക്കും മത്സ്യങ്ങൾ ലാതിമി ഇനി എന്താക്ക മജാദിന്റെ ഇസ്തിഹാരത്തിന്റെ മജാദുവാക്കാതെ ഉപ്പുറ പോലും മജാദി രണ്ട ഐറ്റങ്ങൾ പൊള്ളിക്ക എങ്ങനെ ഇസ്തിഹാരത്തിന്റെ മജാദാക്കണമെങ്കിൽ ലതീഫിന്റെ അത്ലിയായ മാനയും ഈ പ്രയോഗിക്കാൻ പോകുന്ന മാനയും തമ്മിൽ നടക്കണം തശ്മീന നടക്കണമെങ്കിൽ വധുഭ ഭഗവണം രണ്ടും കൂട്ടി നടക്കണം കൂട്ടി നടക്കിയിട്ട് ഈ പ്രേതമ പ്രയോഗിച്ചോളയാം നിങ്ങൾ ഇഷ്ടാവുള്ളൂ ഇപ്പൊ അസതുൻ എന്നുള്ള സാധനം ഉണ്ടാക്കി നമുക്ക് ഒരു ധീരനായ യോദാവിന്റെ പ്രയോഗിക്കണമെങ്കിൽ ആദ്യം ഹീകിയായ മാനിയാകുന്ന ചിഹ്നവും രണ്ടാമത്തെ പറയുന്ന ഏത് യോദാവും എന്താണ് തശ്മീൻ നടത്തണം എന്റെ വിഷയത്തിൽ ധീരതന്റെ വിഷയത്തിൽ എന്നിട്ട് ഈ അദ്ദേഹത്തിന്റെ കുറഞ്ഞ കുറഞ്ഞ ആയിക്കൊടുക്ക ഇയാൾ കൊടുക്കാൻ നോക്കുക അപ്പൊ ഇവിടെന്തു വേണം ലതീഫിന്റെ ഏതെങ്കിലും ഒരു മായനാക്ക് നമ്മളെ കിതാബി ഷറഹിൻ ബന്ധപ്പെടുത്താൻ ആദ്യം തരിബിയാക്കണം എന്നിട്ടോ തരിബിയാക്കിട്ട് അതിനെ പ്രയോഗിക്കുന്ന കുറഞ്ഞ വിട്ടു നോക്കണം ഇതിന് അർത്ഥണ്ടത് നോക്കാം അന്നവും മജാദ് ഇസ്തിഹാറത്തിന്റെ ഇസ്തിഹാരത്തിന്റെ മജാദ് തരങ്ങൾ വേണം ആദ്യം രണ്ട് ദാപനം പണം ഒരു അത്തരും ഒരു പുറത്തും അത്തലിനും പുറമുള്ള രണ്ടിനു മുൽപ്പറക്കായ ഒരു വസ്തുപ്പു വേണം ആ വസ്തുപ്പു തമ്മിൽ രണ്ടും തശ്മി ആക്കണം തശ്മി ആക്കിയിട്ട് അത്തലിന്റെ പേര് ആക്കി കൊടുക്കുക പുറകില് ചന്ദ്രനെ പോലെ അത്തനേതാ ചന്ദ്രൻ പുറേതാ മുഖം പോലെ എന്ന് ഒന്നിക്ക് വട്ടവട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല പ്രകാശം നല്ല തെളിഞ്ഞ മുഖമാണ് ആ വസ്തു തശ്മി അതിന് എന്താ ക ഈ മുഖത്തിന് നമ്മ പുതിയൊരു പേര് കൊടുക്കണം എന്താ പേര് ഇത് കിട്ടണം ആ അതിവിടെ നടക്കുന്നു ഇവിടെ അത്ര പറയതാണ് ലത്തീഫിന്റെ ഈ പോയപ്പെട്ട മൂന്ന് വായന അല്ലേ പിന്നെയ്യ വായത് നമ്മളെ കിത്താബ് മുസൈക്കമ്മ കിതാബ് അല്ലല്ലേ ആ കണ്ട മുഷാ തഹത്ത് ലത്തീഫ് പോയിട്ട് പറയട്ടെ സുഹൂലത്തൽ അതാണ് ബുദ്ധിമുട്ട് നേരത്തെ പറഞ്ഞാൽ പറ്റാം സുഹൂനത്തൂടിയുണ്ട് അവിടെ ഉണ്ട് സുഹൂനത്തു ലഹദെന്ന് പറഞ്ഞാൽ എന്താണ് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന പാകതണ്ട് ആര് കെളുപ്പത്തിൽ ചെയ്യാൻ ഈ കടുപ്പയില്ല എന്ന ആ അതിനെ തസ്ബീ ആക്കണം ബി ദിക്കൽ കവാമി മൂന്നിനോട് തസ്ബി ഹാക്കാനും അസ്ലിയാ മാനായത് ജിക്കപ്പുൽക്കെ വാമ് ഷപ്പാഫ് സജ്ജീത മൂന്നും അസ്ലിയമാനയ്യാ മാനആത്വ കിതാബ് ഈ കിതാബിലെന്ന സുഹൃളത്തുൽ അഹവ് എന്നൊരു സ്വഭാവമുണ്ട് ആ സ്വഭാവമൊക്കെയാ ഒന്നിക്കുൽക്കെ വാമിനോട് കൊണ്ടുനടക്കാനും ടേക്കിലാക്കാനും ഒരു തലമുറകളിലെ ചുരുത്തി കയ്യിൽ പിടിക്കാം സുഹൂറത്തുള്ള അഹ് അവിടെയുണ്ടല്ല ഷപ്പാപ്പായാലും ഉണ്ട് അല്ല സൈറൽ അജമായാലും ഉണ്ട് അതാണ് പൊതുവു ശബ്ദം ആ പേരെടുത്തിട്ട് ചെയ്തു ആരെങ്കിലും നമ്മുടെ കിതാബ് കിതാബ് സുഹൂറത്തുൽ അഹദദായ സഹുൽ അഹദദായ കിതാബ് അതിന്റെ പേര് കൊടുത്തു അപ്പോ ആരും തശ്മീനാക്കുന്ന അവസരത്തിൽ തസ്മീൻ നടക്കലും അത്തറില്ല എന്നാ അസിൽ തസ്മീനടക്കലും അത്തറില്ല എന്നല്ലോ അതാണല്ലോ മൂത്ര അടാ ദിക്കത്തുന അപ്പോൾ ഹജുമു എന്ന് പറഞ്ഞ അവസ്ഥ തോന്നുന്നു ശരീരവും ഇഷ്ടക്കെ ഒരു മസ്ത ഒരു മുസ്തക്കായ ഇസ്മില ടഫി നടക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആദ്യം മസ്തൽ നടക്കണം മത്തർ നടന്നതിനുശേഷം ഷീലിലോ ഇസ്മിലോ മാതിയിലോ മൊന്നാലിലോ സിത്തു മുഷപ്പം നടക്കുകയുള്ളൂ സ്ഥാപിക്കും അപ്പൊ ലത്തീഫിൽ നിന്നത് എന്താണ് ഫൈലാണല്ലോ മുഷ്തക്കാർ മുസ്തക്കാകുമ്പോ ലുത്തുഫിന്റെ വിഷയത്തിലാണോ ഇതാക്കേണ്ടത് ലുത്തുഫ് സഹലുല്ലാസു മത്ത അപ്പൊ എന്താക്കി ബസ്തുക്കിന് അതിൽ നിന്ന് എന്താക്കി استك كاجيه ফটো ইস সহলতুল লখর মতবাত দিকত ইলাঙ্গিলা সিকরুল হজিব ইলা তাফিয়াত আদল নিнду pudi katto লতীফুল লতীফান আইসু ফায়দা হফায়ল ওজনদা আল মুসতাকক মুসতাকান ওয়া তারাতিল দাঈতিলাম আলা তারিকত বাইয়াত মতন আরদাইন চেতমলে মুসতাকল উটড়পলু আ সমত রাইজাওলা আস্তাহাবতে তবেই بمعنى سهر المأخاذ اننا عرضتني لطيفاً انتبرياً ويجيباً سهر المأخاذ وعنى سهولة ماجي جمدهكي مشتكدهكي مالكي سهر المأخاذ سهولة ماجي على طريق التمعيتي تمعيه من شئ لها آدم اصطنا ركراً فين يلو انه مستطاعته لكي مدو ركراً شعاري اللا قصي يجور جلال اللا فعنّمنا مبرك اغالي ننجي وجياد شمد ان ننجي ماطموا مصطر ها مطموا م എന്റെ മുഖദ്മത്തിന്റെ മേലിലുള്ള ചെറുഹ് എന്നാ അപ്പൊ ചോദിക്കട്ടെ ഈ ഷെറഹിനെ സാധാരണ മത്തന്റെ ഗതാബതില്ലേ ഷറഫുൽ മിന്നഹാദ് മിന്നാദിന്റെ മിന്നാദിനിക്കുള്ള ഷറഹിന്റെ ആമ്പുട്ടിട്ടല്ലേ സാധാരണ പറയലി പത്ര മന്ദം കിടിക്കല ഗിരിയാന്ന് ഷറഹ് മത്തിനും തമ്മിൽ മുഖദ്മല്ല മത്തിന് മയിൽ انا شرحت الرد الله قرات للعين ده شرح دهLambda شرح انا قرط على ديت مرياندو لا ابو مو قر اديت ورنا ده انا, <تصفيق> أنا آه، آه، آه ما جندكن شرحنا شرح مقدمه اللي ورنا اه <تصفيق> اولدي انا اندامي شرحا لمقدمتي انت مقدمات للشرح بر ابو راديت ده ما تاريخ مكتوب يعني انا بقول لك هرنا ده اندو عنده انت اند ايه حرف الاستعاره انتنا അറബിലുണ്ടല്ലോ ഇസ്താർത്തേറെ ഇസ്മിനും ഫീരലും അറബിലെല്ലാം നടക്കുന്നു ദമാറഞ്ഞത് അറബിലും ഉണ്ട് അക്ഷരങ്ങളിൽ ഇവിടെ ശരിക്കും വന്നാൽ ഡാമ് കൊടുക്കേണ്ട സ്ഥലം ശരഹും മക്കളും തമ്മിൽ ഡാമ് കൊണ്ടു ബന്ധപ്പെട്ട സ്ഥാനത്ത് ഉണ്ടാക്കി പകരം അര ഉറയോഗിച്ചു അര ഇവർ ചെയ്തു ഡാമിനെ മാറ്റി ചെയ്തു അല്ലേ അപ്പൊ എന്തായോ ാമു കൊടുക്കപ്പെടാനുള്ള ജാമിന്റെ മതുകൂലായ മുഖ്യദിമയും അതിന് തൊട്ടുമുമ്പുള്ള ചെറുകും തമ്മിൽ അല കൊണ്ട് ബന്ധപ്പെടുത്തണ്ട എന്തോ മുനാസത്തിൻ്റെ ചടിയിലുണ്ട് അതുകൊണ്ടാണ് അല പ്രയോഗിക്കാനുള്ള കാരണം അപ്പോ എന്താ വേണ്ടെന്ന് തരിയോ അതും നോക്കേണ്ടത് അല ഇവിടെ പ്രയോഗിക്കരു അല ഞാൻ പറയാൻ പറയാട്ടെ അലന്റെ പ്രയോഗം പറയാം സാധാരണ പാലപ്രയോഗം ഇത് താരീയത്തിന് ഉത്സവത്തിന് പറയും പോലെ അലന്റെ രണ്ട് സാധനത്തിന്റെ മേലെ ഇതിനാണ് മുസ്തഅഅലിന് പേര് ഇതിന് മുസ്തഅലിന്ന് പറയും അല്ലേ അപ്പൊ ഈ സാധനത്തിന്റെ മേലെ ഇതിന് ഇസ്ലൈലാണ്ടെന്ന് സൂചിപ്പിക്കാനുണ്ടാക്കും അലഹൈലി ജയ്ദ് കുതിരന്റെ മേലില്ലാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കിട്ടുക ഹലോ റീച്ചാലി ആ ജയ് കുതിരന്റെ മേലെ ശരിക്കും ഇനി ജയ്ദ് പറയും പോലെ ആര് നീങ്ങുള്ളൂ പുതിരെ നീങ്ങുള്ളൂന്ന് തോന്നുന്നു കുതിര ശരിക്കും കൺട്രോൾ ആക്കുന്ന ആര് ആകുന്ന മുസ്തഅലി മുസ്തഅലൻ അലഹിതെ കൺട്രോൾ ആക്കുന്ന എന്ന് വരുമ്പോൾ ഇവിടെ തോന്നുന്നറിഞ്ഞോ നമ്മൾ ലത്തീഫായ ഷർഹാമെങ്കിലും അതാണ് മുസ്തഅലി മുസ്താന മുഖദ്ദിമെന്ന് പറയാൻ തുടങ്ങി ഷർഹുൻ അലാ മുക്കിമാൻ അലിഹിദ് അല്ലേ ഈ മുഖബ്ദിന്റെ മേലിൽ ഇസ്ലൈലായുതയുടെ ചറഹാണിത് എന്റെ ലത്തീഫായ ചിറഹ് അപ്പൊ എന്റെ കിതാബ് ലത്തീഫായ കട്ടികുറ ചറഹാണെങ്കിലും എന്റെ മുഖബ്ദി മേലുള്ള എല്ലാ കെട്ടും കണിയും ശരിക്ക് കണ്ട്രോളാക്കി മനുഷ്യന്റെ മനസ്സിൽ കെട്ടിത്തരുന്ന അത്തരമാകും ആദിമത്തെ സ്ഥാപിക്കുന്ന ചറഹ ആണെന്ന് അറിയിക്കാനും എന്റെ മുഖബ്ദിവിനെ ശരിക്ക് പാകപ്പെട്ടിത്തരും എന്റെ ചറഹും ഒരു ഒഴികിൽ കൂടി മാത്രാണ് അല്ല പാങ്ങിലാക്കി തരൂ അതിനോട് ഇസൈലായന്റെ അധികാരം നടക്കണം എന്നിട്ട് അത്തടിയാമാന തുറിയാമാനക്ക് പ്രചോദിക്കണം അത് തന്നെ മത്തറിലോ മറ്റൊന്നിൽ നടന്നതിനു ശേഷം താപിയായിരിക്കും അത്രയർജിച്ച് അല്ലാർ എന്തോണം രണ്ടു മാന ഒരു അത്യാമാന ഒരു പറ അപ്പം തന്നെ അത്യാമാന മുഷബ്ദ ബിബിഹിയായിരിക്കണം പറയിയമാന മുശബ്ദുമായിരിക്കണം ആ പേരൂടെ കൊടുക്കണം അത് തന്നെ പാട്ട് ഒന്നിൽ നടന്നതിനുശേഷം താപിയായിട്ട് ഇപ്പുറം തരണം ഇല്ല വേണ്ടത് നോക്ക എന്താ പറയാൻ പോന്ന് ഹായ് സു ഇർത്തിയ ഷറേ മോർ ആദ്യം ഉണ്ടാക്കിയ ഒരു മുക്കദ്ദിയായി ഒരു ബന്ധമുണ്ട് എന്ത് കാരണം ഒന്ന് ആദ്യം ഉണ്ടാക്കിയ മുഖദ്ദിമ രണ്ടുണ്ടാക്കിയതോ ഷെറഹ് ഈ മുക്കിമ ഈ ഷറഹൻ തമ്മിൽ ഇർത്തിബാസ് ഉണ്ട് ആ ഇർത്തിബാസിനം തശ്മാക്കണം എന്തിനോട് മുസ്താലിൻ ഒരു മുസ്തലി ഉണ്ട് ഒരു മുസ്താരിന്റെ അലേഹി ഉണ്ട് ഏതാ മുസ്തലി പറയാതെ ഉദാഹരണത്തില് മുസ്താരിൻ അലേഹി ഏതാണ് അല്ലെങ്കിൽ വണ്ടി അല്ലെങ്കിൽ ഇബ്രാഹിന്റെ ബൈക്കു അത് തമ്മിലുള്ള ബന്ധം ഓരോത്തരം ബന്ധത്തിനോട് ആ തശ്മി ആണോ ഇല്ല എന്നിട്ടോ അപ്പൊ തസ്ബിഹും ഇരൽ ആ തസ്ബീഹി നടക്കണം വേറെന്ന് അപ്പൊ ഇത്ര ഇതെന്താ അടിച്ചത് കശ്മീർ ഇസ്റ്റാറത്തിന്റെ തബയ്യാകു പറയുന്നത് നമുക്കി തബയ്യാക്കുന്ന ആദ്യം പുല്ലിയാത്തിൽ നടന്നേക്ക് വിട്ടു വന്നു ഏതാ പുല്ലി ആദ്യം ഒരു മുഖദ്മ ഒരു പറഞ്ഞിട്ടുള്ളൂ അലാ മുക്കിമ തീ എന്ന് പറയുമ്പോ എന്റെ മുഖദ്മെന്ന് പറയുന്നത് ഖാസായി ഖാസാമോ ജുസൈ അപ്പൊ എല്ലാ മുഖത്തീമ എല്ലാ സ്വഹന വന്തോടെ പറയുന്നത് എന്റെ മുഖത്തിമാക്ക് ഞാനുണ്ടാക്കിയ സ്വഹമുള്ള വന്തോ ജുസായി അപ്പൊ തെ ആദ്യം കൊല്ലിയാത്തിന്റെ അടുത്തേക്കും ഉട്ടുവന്നു യുസീലാത്തിനും വിട്ടുവറണോ ദാബിചായി നോക്കീന ഇപ്പൊ ചെയ്യപ്പെട്ടു അല അല എന്നതിനെ ചെയ്യപ്പെട്ടു അർത്ഥം നോക്കുമ്പോൾ ചാർജ് ചില കാട് കയറും അല അല എന്ന ഗണിമത്തിനെ ചെയ്യപ്പെട്ടു ഏ الموضوعات أربقب تبعان للإستعراء الخاصي خاصة وإستعراء جزئية إستعراء أن يواري جانع على وجد زيد العلا خيري زيد ينّا وكتي خير, ين خير النميل مستعر يأي لكي نون أرطمت لك خاصة آية وإستعراء أن يواري جانع على وجد آآ أرطة جزئة لمعنى اللامي لامن دمعنا كبيراً لإستعرطية كطور شريك والنال هذا ഷാറോഹൻ ലി മുദിമീനല്ലാപനങ്ങളും താമനെ തന്നെ അല പകരം കൊടുത്ത് ഞാനെന്റെ ബന്ധ ഓഹിച്ചു അപ്പൊ നോക്കുമ്പോ എന്താൽ മോഹുഅഅത്ത് എന്ന് വെച്ചേക്കണ്ട ഫുഹത്ത് അല അല എന്ന കരിമത്തിന് ഇവിടെ പകരം വാങ്ങിയിരിക്കുന്നു എങ്ങനത്തെ കരിമത്താണ് അൽ മോദു അത്തു നായു പാപത്താണത് അത് ഹാസ ഇന് വേണ്ടി വെക്കപ്പെട്ടതാ അതിന് ഇസ്റ്റാർ ചെയ്യപ്പെട്ടു മാന ലാമി ലാമിന്റെ മാനാത്തുവേണ്ടി ഇസ്റ്റാർ ചെയ്യപ്പെട്ടോളൂ ഇവിടെ ലാമ ആദ്യുള്ളത് ലാമിയോട് പറഞ്ഞ് നീങ്ങ് മാറുവേ ഇവിടെ അലവ് കശ്മീർന്ന് കിട്ടിയാലോ ആ തരീക്ഷ്യ തബയ്യാറത്തു നടന്നു തുല്യത്തിൽ കിട്ടുന്നില്ലേ എല്ലാം ശരിയായി പോകുന്ന അടുത്തേക്കാണ്ടിരിക്കണോത്തും തബയ്യതിന് അഞ്ചുജും പറഞ്ഞു ത്തിലേക്ക് സൂചന കൊല്ലാത്തിന്റെ മുഖബ്ദിമെന്ന് പറഞ്ഞില്ലേ ഈ മുഖബ്ദിമാരിമാക്കിൽ മുക്കണം അല്ലെ മുഖിമാസുര വായിച്ചാൽ ഇസ്മു ഫൈലായി മുഖിമ കിമ മുഖിമ മുഖ്ദമാര് രണ്ടു പ്രകാരം തെളിവിലൊടുക്കാം രണ്ടു പ്രകാരം വെക്കാം അപ്പൊ കദ്ദമാന്നുള്ളത് ലാജിമായിട്ടും വരാറുണ്ട് മുത്താദ്യായിട്ടും വരാറുണ്ട് കദ്ദമാ രണ്ടും പറയും അപ്പൊ ലാജിമായ കദ്ദമെന്ന് പിടിച്ചതാണെങ്കിൽ മുഖബ്ദമാ മുക്കിമ രണ്ടും പഠിക്കാം അല്ല മുത്താദ്യ ആണെങ്കിലും ലാജിമാണെങ്കിൽ പിന്നെ നടക്കുള്ളൂ മുക്കദ്മയാൾക്കുണ്ട് ഞങ്ങൾ മുഖദ്ദമായിട്ടല്ല ആ എല്ലാം പറയുക വൽമുഖിമത്തോടുള്ള കിൽ അസലി അതായത് ലോകത്തിന്റെ അസ്ലി ഈസ്മുൽ അത് പിടിക്കാണ് എന്തിനാണല്ലോ മുഖദ്ദിമത്തിൽ ജയിച്ച് പട്ടാളത്തിന്റെ ആദ്യമേ ആളുകൾ ജയലിന്റെ കിണീരുണ്ടോ ചാറം മോറുണ്ടോ വെടി കിണീറാണോ വഴി തടസ്സം അല്ലെങ്കിൽ പോയി പട്ടാള മറ്റാർക്ക് വന്നാൽ മടങ്ങേണ്ടി വരുമല്ലോ വെടികിളീറുണ്ടോ നോക്കാൻ പറ്റി ആദ്യം പോകുന്നൊരു സംഘം ഉണ്ടാവും അവർക്കാണ് അസ്സലിന് മുഖദ്ദിമ എന്ന് പറയുന്നത് അത് പ്രയോഗിക്കപ്പെട്ടു അലാരത്തി നമ്മുടെ മുസന്നിഫ് തങ്ങളുണ്ടാക്കിയത് ഹരിതത്തുൽ ബഹിയസുണ്ടല്ലോ അതിന് പ്രയോഗിക്കപ്പെട്ടു ഹരിതത്തുൽ ബഹിയ എന്ന പറ്റില്ലേ അതിന് പ്രയോഗിച്ചു അപ്പൊ എന്താ അവരൊരു കറമാങ്ങനുണ്ട് ഒരു സ്നർത്തുണ്ട് നോക്കത്തിന്റെ മുന്നിൽ പോകുന്ന ആളുകളെ തസ്ബീ ആക്കിയാലെ മുസന്നിഫിന്റെ കിതാബിനെ െ പ്രോധിക്കുന്ന പ്രളയം പഠിച്ചു അപ്പൊ വലിയ പട്ടാളം വരാനുണ്ട് വലിയ വലിയ വരെ കിതാബുണ്ടാന്ന് അവളെ മുൻകണി അയ്മത്ത് ഉണ്ടാക്കിയവരാ ശരിയായ പട്ടാളം കടും ആന്റെ ചത്താൻ വണ്ടിയുള്ളൊരു ആമൃഗം മാത്രമാണ് ഇത് സൂചിപ്പിച്ചത് ഇതിന് കൊച്ചു ആമുഖന്ന് സൈന്യം എന്തുകൊണ്ടാണ് എന്റെ ബന്ധം നമ്മുടെ മുസന്നിഫുണ്ടാക്കിയ ഈ വഹീദിന്റെ മറ്റുള്ള ഒരുപാട് കിതാബുകളുണ്ട് അതിൽ പ്രയാസമായി എല്ലാ കാലത്തിലേക്കും ഇതുമുഖം എത്തിച്ചേരാൻ കഴിയും ഏതുപോലെ പട്ടാളക്കാർ മുന്നേ പോകുന്ന ആളുടെ ആ വെടി കിളിയാക്കലെ കൊണ്ടുണ്ടാക്കും ബേക്കിലുള്ള ശരിക്ക് ആഴത്തിൽ അങ്ങാത്താതി കൊണ്ടുപോകും ആ വെളിഞ്ഞിരിക്കരുത് എന്താ പറഞ്ഞാൽ മാതിരി ആ പരമർത്താ മാതിരി ഈ മുക്കദ്മ എന്നുള്ളത് ബഹുഹോ അത് പിടിക്കപ്പെട്ടതാണ് ലാജിമായ കിച്ചു മുക്കദ്മാറീല മുക്കിമ കണ്ടോ ഒരേ ചെയ്യ അപ്പ എന്താ ഈ വിമാന തക്കദ്ധമായ തക്കത്തമാ മുക്കിമത്തിനണ്ടൂട്ടിമുന്തിയ കുറെ കാലാമുണ്ട് മുന്തിയത് മുന്തിച്ചല്ല ആ മുന്തിയത് അതെന്തുകൊണ്ട് അങ്ങനെ പേര് വന്നു ഹുത്തസ്മിയത്ത് മറ്റുള്ള കരാമനേക്കാളിത് മുന്തി വന്നത് കൊണ്ട് മുന്തിയത് എന്ന് പറയാൻ ലിതപ്പുമ്പോ ഏ ആ ബി സബി സുഹോത്തിഹിഹ ഭക്തിഹ ഈ മുഖദ്മ ബി സബമി സുഹോത്തിഹ അത് വളരെ എളുപ്പമുണ്ട് ഇതൊക്കെ മുക്തസിലാക്കി പറഞ്ഞതിന് പിരില് അത് മറ്റുള്ള കലാമിനാത്ത അല്ലെങ്കിലോ മുത്താബ്ദിയായ കിടിക്കും ആകാംദിയായ കമിന്നുപോലും അർത്ഥം കിട്ടലി മുറബ്ബി എന്ന് പറഞ്ഞ പോലെ ഒരു മഫുടെ മുറബലു കേട്ടെ അപ്പൊ മുക്കബ്ദി മസൂൽ മുന്തിക്കുന്ന താപനം ആഴോ അപ്പോൾ ഒപ്പം താങ്ങണം അതാണ് മുന്തിക്കുതിൽ ചക്കദീമ അതിന്റെ വീട്ടസില് ഈ ചക്കദീമിഹ നമ്മുടെ ഈ മുഖയാകുന്ന നിസാല മുന്തിക്കും തോന്നുന്നു ഏത് താലിബിന് ഈ രാശ വെക്കുന്ന റാറിബായ താലിബിനെ മുന്നോട്ടുന്തും കുത്തുബിയും പ്രയാസമായ കിതാബിലായിട്ടെല്ലാം കാസ്വപ്പിക്കും ഇതുപോല ഇനി വലിയൊരു കിതാവ് ലോകം ഒരാശ ഇന്ന് ആ ബോലപ്പു സുന്ധിയില്ലേ അപ്പൊ ഇതാ പഹിമ എന്തെങ്കിലും മുഖദ്മ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതൊന്നും ബോല എനിക്കും കൂടുതൽ അറിയാവുന്ന കാര്യത്തിലുണ്ട് അപ്പൊ മുഖദ്മ മുന്തിക്കുന്നത് താലിങ്ങനെ അല്ലെ ഇത്ര നേരം പറഞ്ഞാ കസരി താടി മുഖദ്ദിമാൻ താഴെ കസുരോഴിച്ചു വേണ്ട ാണ് ലൈറു മറ്റന്നാളും നിർത്തിയില്ല അപ്പോൾ മുഖമത്തുൻ എന്ന് പറയുമ്പോന്തായി മുന്തിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ താലിബോ മുസന്നിഫോ ആരോ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്തിച്ച് ഇനി മുന്തിച്ചു വെച്ചിട്ടുണ്ടായി ഇത് വസ്തു മാറി ർത്ഥം താലിബ് എന്റെ ഒന്നാമത് ഈന്നോണ്ടിരിക്കുന്നത് അത് മറ്റുള്ള കിതാബ് എന്ന ബോധുന്നതിന്റെ മുമ്പായിട്ട് ഇതൊന്നാദ്യം ഒതുക്കളയാൻ എന്താ താലിബ് തീരുമാനിച്ചു എന്നാ മറ്റുള്ള കിതാബിന് എളുപ്പമുണ്ട് അപ്പൊ അങ്ങനെയാകാം ല്ല ആറ് മുക്കിമ നിസാദി മുക്കദ് ഒന്നാണല്ലോ മുക്കദ്ദീമ എന്ന് പേരെടുക്കപ്പെട്ട സാധനങ്ങൾ തന്നെയാണ് ആ ആ നിസാരന താലിമ മുന്തിക്ക് ഇതാദ്യോന്നു മറ്റുള്ള കിതാബിനുമ്പയിച്ച് അപ്പൊ മുക്കദ്ദമൊക്കെ ഇത് ഓടിക്കഴിഞ്ഞ് മനസ്സിലാക്കിയ വലിയൊരു കിതബ് ഓതാ പോളുപ്പുണ്ടെങ്കിലും താലിമിനെ കുറിച്ച് അങ്ങോട്ടേക്ക് കുന്തിക്കൊടുക്കുന്നത് മുക്കദ്ദീമയായി അതായത് എന്തായാലും പറഞ്ഞുണ്ട് അല്ല എങ്ങനെയല്ല മുഖിയുമായി ശാരിയാണത് ഞാൻ അതിനെ നെതുമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ നെടുമു നദുമെന്ന് പറഞ്ഞാൽ എന്താ അന്നതമുൽ ഒരു നൂലിൽ കുറെ മുത്തുകൾ ഇങ്ങനെ കോർക്കല്ലേ നെളുബൻ ഇവിടെയോ മുക്കപ്പാൻ കാഫി ഒക്കിലുണ്ട് ഇല്ല കാഫിന് ചിലപ്പോ രണ്ടുമില്ല ഇത് ബാരി റാവ് അവസാനിച്ചത് അങ്ങനെ ചില കാഫി ചില എന്താക്കും ആശ്രമമാത്രത്തിലുണ്ട് അത് കീഴിൽ കാണുന്നില്ല എല്ലാ ലാ കൊണ്ടാണല്ല കാറിയിൽ കാണുന്നില്ല എല്ലാം മീ മീ ഒന്നിക്ക് അങ്ങനെയാകാം രണ്ട് പരിലാകാം ചിലപ്പോൾ നവരുവാക്കൽ എല്ലാ ഒത്തിരി ഉണ്ട് അത് തവേള കൈപോലെയായിരുന്നു നമ്മളെ മിത്തിയിലേക്ക് ആണല്ലോ ആക്കമൊപ്പിച്ചിട്ടില്ല ഊ കൊണ്ടി ഊണ്ട് അവസാനിച്ചു അപ്പൊ കാട്ടി ഒത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മോസൂനാണ് വസുനി ആ ബോസിന് വർത്താനം എങ്ങനെയാ അസുദൻ അത് എന്താണെന്ന് വെച്ചിട്ട് എന്നെ ഉണ്ടാക്കണമെന്നാണ് അപ്പൊ പറച്ചല്ല വാച്ചെല്ലാം ഉണ്ടാക്കി പോയി ഒരു ബോസിലൊത്ത് വന്നാൽ അത് നെഗ് വരില്ല അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നല്ല പാട്ടിലെത്തൊത്തു തോന്നുന്നു ശരിക്കും പറഞ്ഞാടെ ബീച്ചിൽ തോന്നിട്ടുണ്ട് അല്ലെ ഞാന ബീച്ചിലെത്തിച്ചേ പക്ഷേ പറഞ്ഞല്ല അത്തം എന്ന് പറഞ്ഞു നോക്കി എന്തായനാൾ വിറ്റാ തുമ്പിക്കും ഇമ്മ തൊഴിക്കും എന്തെല്ലാം ലഘുമല്ല എന്നാണ് ചേർന്ന് പറയാൻ പറ്റില്ല അത് മക്സൂദല്ല എല്ലത് പാടി നോക്കുമ്പോൾ അങ്ങനെ ആര് വന്നിരുന്നേ ഉള്ളൂ ഇല്ല അത് ലഘുമല്ല ലഘുന് പേരില്ല അത്തം വന്നിട്ടില്ല ില്ലാതെ മക്സൂദ് അല്ലാതെ അങ്ങനെ ചെല്ലു നോക്കുമ്പോ ആ പാട്ടിന്റെ യെസ്റ്റ് വന്നേ ഉള്ളത് മക്സൂദല്ലാന്നല്ലേ കസ്തും പണ്ടേ വഹിയ അതുകൊണ്ട് ഞെളുമാറ നാത്തരത്തിലൂടെ തോന്നാൻ കാപ്പിയും പോണം പിന്നെ കുസിനും പോണ്ടെ മുസന്നിഫ് പറയുന്നത് ഈ കാപ്പിയന്താ ആറ്റല്ല കാപ്പിയെ നമ്മള ഇതുപോലെ അൽഫത് പോലെ الفلغ يعني تركنه قال محمدن حب بدون مالكي الا بيذاوي احمد رب الله خيره مالكي مصنئنا الرسول المصطفى واني المستكمل الى الشرفاء اذا ماري افضل نقول له اروع رب رجسي هذا وهو وهي من باهر رجسي رجسي لا ഗഡി നക്ഷൻ ആകുമ്പോ ഊ അതിന്റെ പാട്ടിന്റെ ഭാരവിന്റെ അടിസ്ഥാന പറയേ മുൻ എന്ന ആറോട്ടം പറഞ്ഞു പറഞ്ഞാല് ലക്ഷ മറ്റേ തലാത്തിന്റെ അങ്ങനെ ഓരോന്നിനി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇത്രാമത്തെ അക്ഷരം സാഹിരി ഇത്രീ തന്നെ സലി മുസ്തഫ് ഇതിലും മുസ് ഒന്നാമത്തെ അക്ഷരം മുത്താഹദിക്കും രണ്ടാമത്തെ അക്ഷരം സാക്കിരിക്ക് മുസ്തഫ് നാല് നാല് സാക്കിരി മാവുദായ ത്വതുഗ്യത മാൗലായ മുതഹദിഖി സാകിരീ മുതഹദിഖി അല്ലാഹ യ അലിഫു സാകിരീ യ മുതഹദിഖി ഹുദായ സല്ലി വസൽ അബ മുസ്തഫീറൂം ഖൈറൂ റബ്ബിൽ അസീ മുസ്തഫീറൂം ഖൈറൂ റബ്ബിൽ അസീ സൽ നിന്ദാ ഇമൻ നബദറുദീൻ സൽ നദറുദീലെ ലി അതുകൊണ്ടാണ് ജാസൂല്ലോ രാമിനെ കൊച്ചു കൊടുക്കണം അതിന്റെ ബൈക്കൂടും അവിടെ സുഖം കൊടുത്താലും ആ ബെച്ചിന്റെ കാലൂന് എതിരാവും സുഖം കൊടുക്കണം ഇതിനാണ് അതാ ബച്ചു പ്രകാരം വഹിയാൽ മൊട്ടാറ്റിക്ക് കൊടുത്താട്ട് നടത്താത്ത വരും അവിടെ വരുവില്ല ആ കരുവത്തിൽ എരുവിക്കേമാരി ചിത്രത്തിൽ ഒന്നാമത്തെ കരിയിൽ പോന്നു രണ്ടാമത്തെ കഷ്ടത്തിന് പോന്നു ആറോട്ടം മതിയാ ആദ്യം ഇപ്പയാ മതിയപ്പോ മതി മതിക്കൊന്നും തോന്നില്ല സമിത്രി പറയുന്ന രീതിയിൽ ആ യുവഹോ എന്നല്ല നബുത്ത് യൂതിഹു എന്നാണ് ആര് പറയുന്നത് ഇങ്ങനെ ഈ ലാഹലിന്റെ കുടിച്ചു എന്നാ പറയും ആൽ തസ്ഫുൽ നമുക്ക് പറയുന്ന പിന്നി എന്നുള്ള ജം ആണ് മഹാനി അപ്പൊ മഹനൻ എന്താ പറയുമ്പോ അനിയനി യുവന എന്നൊക്കെ പറയണന്ന് എന്തോ ഒരു വേണ്ടുകളൊക്കെ ഉണ്ടാകുമല്ലോ മനസ്സിന്റെ ഒരു ലക്ഷ്യം അതുമായി കണ്ടോണ്ടല്ലോ മാല അല്ലേ അപ്പൊ മഹന എന്ന് പറയുമ്പോ എന്താ എന്തോ വേണ്ടിവക്കപ്പെട്ട സാധനം അപ്പൊ ലഫ്ത പറയുമ്പോ നമുക്ക് വേണ്ടത് അതാണ് അപ്പൊ കെരിവ് വാങ്ങിയാൽ അതിന് ജ്യൂസാണല്ലോ അതിന്റെ മഴന അതിന് വേണ്ടത് അതിന്റെ വേണ്ടപ്പെട്ട മക്സൂദ് അതിലൊക്കെ അന്ന് മായന അപ്പൊ യുവനുസഖം പിന്നെ ലഫനി ലഹമിയിൽ നിന്ന് കത്ത് ചെയ്യപ്പെടുന്നതും വേൾഡ് അറിയപ്പെടുന്നതുമായ ആ വസ്തുവന്താണ് പിടിച്ചത് വായിക്കണോന്ന് അല്ലേ ഈ തശീദ് എന്താ കാരണം ായ എടുപ്പുകളുണ്ടല്ല അതിനെ ഇങ്ങനെ വരുത്ത അപ്പൊ മണിയാണിപ്പണിയാണ് അർത്ഥം തശീദ്ന്ന് പറഞ്ഞേ ഒരു കല്ലു വെച്ച് അതിന്റെ മറ്റുമാരുടെ കല്ലു വെച്ച് അതിനൊപ്പിച്ച് അതിന് തുറക്കിവാക്കി അതിന്റെ തൂക്കല്ലെ ശരിയാക്കി അതെ തശീത് ഇസ്സിന്റെ ബിൽഡിങ് ശരിയാക്കിന് മണിയണ മണിയാണിന്നില്ല മണിയാണിന്ന് പറഞ്ഞ മണിയണി സുഭാവിലാണ് മണിയണ എന്ന് പറഞ്ഞാൽ കല്ലുകൾ നേരെ വെച്ചു എന്നർത്ഥം ആ തീർത് എന്ന് പറഞ്ഞാല് എസ്സി ആയ ബിൽഡിംഗ് അപ്പൊ ഇവിടെ മബാനിയെ തശീദാക്കും എന്ന് പറയുമ്പോഴവിടെ കാര്യം മാറി പറയാട്ടുണ്ട് എന്തെന്ന് തശീദ് എന്നുള്ള സാധാരണ കുറയുന്ന നെസ്സി ആയ ബിൽഡിങ്ങിനാണ് മബാനി എന്ന് പറഞ്ഞ അൽഫാവിൽ അല്ലേ ഈ അൽഫ അതിനെ ഒരു ബിൽഡിങ്ങിനോട് മുൻപിച്ചിട്ടുണ്ട് ആദ്യം തന്നെ നോക്കതാ മറ്റല്ലേ അതിന് പറയ പറയേണ്ട കാര്യത് മബാനി എന്ന അൽഫാമല്ലേപ്പൽഫാമുകളാകുന്ന സാധനത്തിനെ ഒരു മഹസൂസായ ബിൽഡിങ്ങിനോട് കശിബിയാക്കി ആ തശി ആരോട് അറിയിച്ചില്ല ഒന്നും പറഞ്ഞില്ല എന്തിട്ടോ ആ മുഷി ആയ ആ ബിൽഡിങ്ങിന് പറയാനുള്ള തശീദ് ഇവിടെ ചേർത്ത പോലാ നിങ്ങ ആദ്യം ബിൽഡിങ്ങിനോട് രസബി ആക്കിയിട്ടുണ്ടല്ലേ നമുക്ക് തിരിഞ്ഞുപോയി അപ്പൊ എന്തോ ഇഷ്ടാർത്തും ബിൽഖിനായ മറച്ചു വെക്കപ്പെട്ട ഇസ്തനാർത്തും മുസർ ഹത്തല്ല ഇസ്താർത്ഥം ബിൽഖിനായ എന്ന് പറയുന്നത് സാധനമായി അപ്പോ മനസ്സിൽ തശ്മി ഹാക്കി അടവിച്ചിട്ട് ആരോട് പറയാണ്ട് വെക്കുക ദിവാറത്തുടും മുഷബിന്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ ചേർത്ത് പറഞ്ഞീർ ആ സൂചന തസ്ബിഅട്ട് കൂടിയാണ് തഹ്യീർ അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ട് അക്ഷരങ്ങളാകുന്ന ദാതനത്തിന് ഒരു ഹിസ്ഇങ്ങിനോട് ആദ്യം മനസ്സിൽ തസ്ബി ഹാക്കി ചാടന പറയാണ്ടോ വെച്ചു ആർക്കും ആണെന്നും അപ്പൊ ചോദിക്കുമോ വിസ്താരത്താക്കാൻ എന്താ പ്രകൃതി പ്രകൃതി തശ്മി ഹാർക്കല്ലേ ആ ബിൽഡിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മണിയാണിയും ഒരു തൂക്കട്ടയും അല്ലെ ആ സിമെന്റും സാധനങ്ങളൊക്കെ ആവശ്യമായിട്ടുകൊണ്ടിരുന്നെങ്കിലും മുട്ടൻ കട്ടലൊക്കെ ആവശ്യമുണ്ട് ആ അപ്പൊ ശരിയാ ഒരു ബിനാൽ ചെയ്യപ്പെട്ട ലഭ്യം ശരിയാകണമെങ്കിൽ നെഹബുബ് സർഫ് മഹാനി മന്ത്രിക്ക് മുകള ശരിയായിട്ട് അറിയുന്ന ഏറാളം ബിനാലിൽ അറിയുന്ന ഒരാളതിനെ കോറവ ചെയ്യണം അയാളോ ഇന്ന മണിയാണി ചികിത്സ കൊണ്ടുവിടെ എല്ലാം കല് നേരിയാവില്ല കുറെ ഘട്ടത്തിന് മുമ്പിൽ ജൂടി കുളിക്കുന്നുണ്ടോ തുക തപ്പിക്കണം അപ്പൊ അവിടെ മണിയാണ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ആര് വേണം ഒരു ഉണ്ടാക്കുന്ന ആ ഒരു ഭാര്യ ആവശ്യമാണ് എന്നുള്ളത് കൂടിയും പറഞ്ഞിട്ടുണ്ട് ആ വിഷയത്തിൽ ഞങ്ങൾ തശ്മി ഹാക്കാം എന്തോ അല്ലെങ്കിൽ മനസ്സിൽ ആ എന്നിട്ടോ ആ മുഷർ വിത ഹിസിയായ കെട്ടിടം ആ കെട്ടിടത്തിന് തശീദ് എടുത്ത് രാജ്യത്ത് സ്ഥാപിച്ചു إماعنا إلا فضي شيئا قلت لك أبا تخيير أبا إستيارة ملكي ناري والإبارة منك تخيير قريئا قريئا لكي لا فمختكر مدير قرن الله ففن البعيان اللهم ليه لا والمباني اره مباني يسيد مبانيهان وابن مبانيهن ورنال وهو الالفاظ جمع مبانيهن جمعان الفاظ جمع إلا <تصفيق> അപ്പൊ ഈ അൽഫാർ നിന്ന് മബാനി എന്ന് പറഞ്ഞതാ സമ്മീർ അൽഫാർ നിന്ന് പേര് കൊടുക്കപ്പെട്ട മബാനി എന്ന് മബാനിയ എന്ന് പേര് കൊടുക്കപ്പെട്ടെന്താ ലിബി അലിയ ഈ ലഫ്ലിന്റെ മുകളിലാണ് മാന കെട്ടിപ്പൊടുക്കേണ്ടത് ലബുന്ന് ശരിയല്ല മാന ശരിയാവില്ല അപ്പൊ കരണ്ട് ശരിയാകുമ്പോ വാരി ശരിയാകണം അപ്പൊ കരണ്ട് എടുക്കപ്പെടാൻ വന്ന വയറിന് മുകളിലാണ് അപ്പോൾ കരണ്ടിന്റെ മബാ മബിനെയാണിത് വരി രണ്ടാമത്താണുള്ള മപനിയാണ് അതുപോലെ തെരീത്തത്തിന്റെ മപനിയാണേത് ശരിയത്ത് തെരീക്കത്തിന് മനു ശരിയത്വം അപ്പൊ മബിനയില്ല അപ്പൊ വയറില്ലെങ്കിൽ കണ്ടില്ല ശരിയത്ത് ഇല്ലെങ്കിൽ തെരീക്കത്വം ഇല്ല എന്താ മഞ്ചേരി ഉണ്ടാവില്ല എന്തായാലും പറയാണെങ്കിൽ അത് ഇസ്ലാമിക ഇസ്ലാമികമായ നരീക്കത്തിനെ പറ്റി നമ്മുടെ സംസാര വിഷയം ഇതുകൊണ്ടാണ് കൗരുകം അവർ ഈ പറയുന്നത് അൽ അൽഫാദു കവാലിപൊലി മഹാനി എന്ന് പറയാറുണ്ട് അൽഫാദു എന്നുള്ളത് മാനകളുടെ കവാളിബാദിന്റെ ഉടയാടകളാന്ന് പറയുന്നത് മഹാനി അവാദിനെ പണ്ട് പറഞ്ഞില്ലേപ്പാ ശരി തശീദ് കൊണ്ടുള്ള ഉദ്ദേശം ബിൽഡിംഗിൽ എന്താ പറഞ്ഞത് കല്ലെല്ലാം ചെത്തി ഒപ്പിച്ച് നേരിയാക്കി തന്നെ മറ്റുള്ള എടുത്തു വെക്കലെന്നല്ലേ ഇവിടെ അൽഫാദിനെ ശനിയാക്കലാണ് അതിനെ ഭംഗിയാക്കിയുമ്പോ അതിന്റെ ലെവലൊപ്പിച്ച് ചെത്തി മെനക്കിട്ട് ഭംഗിയാക്കിട്ട് വെക്കണം ഈ തന്തിലിഹ അൽഫാദിനെ ശരിപ്പെടുത്തണം ഇറക്കണം അരൽഫിറ്റ് അറബിയ ഞമാവില അനുസരിച്ച് ഇറക്കണം ഇതുപോലെ മറ്റേ കല്ലുകൾക്ക് നേരെ വെക്കൽ എങ്ങനെയാണ് മണിയാണിയായ ശാസ്ത്രപ്രകാരനെ വെക്കണം അതിന്റെ മട്ടത്ത് ചെത്തി കൊലബെല്ലം വെച്ച് തൂക്കിയിട്ട് ചെറിയ പാകം എല്ലാം പൊക്കി ലെവലാക്കിയിട്ട് പൊക്കി അതുപോലെ കവാദുൽ അറബിന്റെ കാനൂനുസരിച്ചിട്ട് അൽഫാൻ ശരിയാക്കണം ഇവിടെ കട്ടെ നമ്മൾ കശ്മീരിലേക്ക് പോവാ ഈ ഷടങ്ങിൽ പ്രചോദിക്കപ്പെട്ട പ്രത്യേകമായ അൽഫാസ് ഉണ്ടല്ലോ അതിനെ തശ്മി ഹെട്ടു ആരോടെ തശ്മി ഹി ബി ബൈ ഒരു ബുദ്ധിനോട് മുഷപ്പഹ ബിഅപ്പ പറയുന്നത് അതിപ്പോ നോക്ക് ബി ബൈത്തിൻ്റെ കണ്ടാ അപ്പൊ എന്ത് വാങ്ങിയിലാ കശ്മീര് മീൻ കൈ തിരിച്ചു കാറു ആ ഇമഞ്ഞ അറബിക്ക് എത്തി കെട്ടിടം പണിയണമെങ്കിൽ നല്ലൊരു മണിയാണി ആവശ്യമുണ്ട് അത് ഇതിന്റെ അൽഫാദ് കെട്ടിടം ശരിയാകണമെങ്കിൽ ആരോണം അറബിയെത്തറിയുന്ന ഒരു സാഹിത്യകാരൻ പണം അതാണെ അപ്പൊ സാഹിത്യകാരന് ഒരു മണിയാണിയും ഒരേ പേജിൽ ഒരിഞ്ഞു ചൂടുന്നു എന്നൊക്കെ വന്നത് എന്താണെങ്കിലോ എനിക്ക് അല്ലേക്കിയിലോ കിളി മണിയാണി ഞാൻ അൽഫാബ് ചെയ്യാ ൂത്തനും ഇസ്ലാദിലെ ശരിഗിരി ഒക്കെ അഞ്ച് മണി കേട്ടോ രണ്ടാമത്തെ ആ എന്നാ പിന്നെ നിന്റെ കശീലൊക്കെ ഇപ്പുറം ചേർക്കാനോ ആ ചേർത്തോളൂ ഒരു വൈറ്റിനോട് രശ്മയാക്കി എങ്ങനത്തെ വൈറ്റ് അത് പൊന്തിക്കാനും വസബ്ദുൽ ഹലനി അതിന്റെ ഓട്ടകളടക്കാനും അതിന്റെ തൊടുപാടകളൊക്കെ തീർക്കാനൊക്കെ ആവശ്യമുണ്ട് ഇഷ്ടിക്കാറ് മനസ്സിലാണ് ഒതുക്കി വെച്ച് സൂചിപ്പിച്ചതെങ്ങനെയാ ബിവാഹി മുഷബിന്റെ എന്തോ ദാദ്യം എടുത്തിട്ട് ഇവിടെ കൊളത്തിൽ കൊടുക്കാം കെട്ടിടം കെട്ടിടത്തിന്റെ ലഹതാണ് തഷീദ് അതെടുത്തിട്ട് മബാനിക്ക് കൊടുത്തത് ആ ഒരു തസീരുണ്ടാവും എല്ലാം തസ്ബീ ഉണ്ടാവും അപ്പൊ തസ്ബീ വ്യക്തമാണോ നോക്കീട്ട് എന്താ തീരുമാനിക്കല് ശരിയല്ലേ അതിന് മുസ്തഫ് വാദങ്ങളൊക്കെ ആവശ്യമായിട്ട് തീർന്നു ഇത് പോട്ടെ യോനിഹ മഹാനിയഹ ബൈഷ് മബാനിഹ എന്നൊക്കെ ഷർഹ് ചെയ്യുന്ന ആളാണത് ഷർഹലല്ല മുസന്നിഫലാക്കിരുന്നു അല്ലേ അപ്പൊ ഇസ്വനാഥ് മജാദ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോയി തന്നെ യോനിഹ മഹാനിഹ എന്ന് പറഞ്ഞതില് സൗദിഹ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞപറകാതുലാഹി എന്നാവുമ്പോൾ പറഞ്ഞിരുന്നത് ഇലാഹലിനെ കുടിച്ചു എന്നല്ലേ സൗദിഹിനെ കുടിച്ചു എന്നല്ലല്ലോ നേരത്തെ യൂന്നെ ഇലാഹിന്നെ വിളിച്ചിരുന്നു അപ്പൊ ഇസ്ലാമുൽ പറയേണ്ടത് തൗദിഹ് വള്ളാഹിന്നെല്ലാം വിളിച്ചിരുന്നു അതിന് നമുക്ക് ഒന്നുണ്ടാക്കാം ഇപ്പറ പറഞ്ഞപ്പോ വസുനൊപ്പിച്ചതാണ് ലഹുലിയായി വസുനൊക്കെ ആ അപ്പൊ മുജാനത്തു വേണ്ടിയാണ് ഷാജി അങ്ങനെ വധുനോക്കാം അല്ലെങ്കിൽ കൊത്തിയെത്തി അതുകൊണ്ടു നോക്കുമ്പോഴ അതും തഷീദിനെയും ഇസ്ലാദ് ആക്കിയത് മജാസ് അത് മജാദാണ് അഖലിയാണ് പറഞ്ഞാൽ ആ ഇസ്ലാദ്ണ്ടല്ലോ ബോളാണ് എന്നാണ് ഇനി കുറച്ചും കൂടെ ഹക്കി കത്താതാണ് അന്നാവോ എന്ന് പറഞ്ഞു തരും ലോകത്ത് നടക്കുന്ന എല്ലാ ഹക്കി കത്തുകളും അതിലേക്ക് ചേർത്താ എന്നാലും ഭക്ഷണം കഴിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് ചേർത്താൽ മജാത്താണ് ഇതൊരു ആരുഷ്യങ്ങളെ കൊണ്ട് ചേർത്താല് നമ്മൾ ഇത്ര അറിയുന്ന ആദ്യത്തലായിരിക്കും അജാതായിരിക്കും അല്ലെ അലഹദില്ലാതെ വെക്കാൻ വന്നല്ലേ പണ്ടാല് ഓർമ്മിന്നില്ലല്ലോ നല്ല ഓർമ്മിന്നില്ല അറിയും അടുക്കട്ടെ ജനങ്ങളെ മടുപ്പിക്കുമല്ലോ അങ്ങനെയുള്ള പദ്ധതിയിൽ ഞാൻ ഒഴിവാക്കും ിസാറോന്നുള്ളത് ഹില്ലാത്തിൽ കക്കനീലൊരു ലപ്പും ലപ്പുദിനെ ചുരുക്കലാണ് ഏത് എഫ് തിസാറെന്ന് പറഞ്ഞാൽ കസുരൽ മാന അമ മാന ഏറട്ട് ഏറാതിരിക്കട്ടെ നോക്കില്ല പണ്ടെ മാത്രം നോക്കി എന്താണ് ലപ്പുതും ചുരുങ്ങുകയും മാന ഏറുകയും ചെയ്ത് മാന ഏറണ്ടെ ഇത് നോക്കണ്ടിയില്ല എന്നാണ് രണ്ടും ലപ്പുതും മാന രണ്ടും ചുരുങ്ങി എന്നാ എഫ് ടിസാറു إنه سيئل أنه يخطيساراً يخطيساراً نميل ويتاء سماريننا يخطيساراً وانده لفظه معانين اللجرية يخطيساراً ومعاني جرية كابل لفظه جرية اللّا وليل ولم يتوقع ما كنت أدبه أمين المريض وقوله مصنفة انالبرنجو المخل مخل نوراً لما خل يخل المضيء للمعنى معاني اكتبه ارتبه ارتبه دائسل ഇ ticaret kula abı ticaret abandi wal diti nabunhul fali diti nabunsubun adal qaydi qayrinam wala eda qayde al muhill ayinda monna diti rabu mukayidnam wala qayidnam wala anu abam mutlakay idella kalanjadu aashayathine korappam verthuna varathilulla ticaret yan paranjittullonu francejay wailla അങ്ങനെ വർക്കാൻ അസ്ലൽ ജസ്റ്റിസ് ആസ്റ്റിസ് ആഹായു എന്നുള്ളത് മാറ്റി അതിപ്പോഴാണ് ബഹു അഭിമാനം അർത്ഥം തന്നെ എന്നാ പിന്നെ ആവർത്തനം വേണ്ടെന്ന് വെച്ചിട്ടാണ് വഹായറ തപന്തായറ എന്നാണ് ഇബാഹത്ത് മാറ്റി വന്നിട്ട് തപ്പന്തു വേണ്ടിട്ടുണ്ട് അർത്ഥം തന്നെ ലഘുദുന് വിജയം കാണിക്കാൻ വേണ്ടി ഓ ൂന്ന് പറഞ്ഞാൽ അൽ മൂവൽ മലരി വസ്ത്ര ബഹുബസ്ത ആമപ്പു മടി മടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ ചാടിച്ച് കളയുന്ന വരത്തിലുള്ള തപ്പബീലിനെയും ഞാൻ ഒഴിവാക്കി അപ്പോ പല്ലേറു ആറത്തു എന്ന് പറഞ്ഞ ഏറാമുണ്ടല്ലോ അല്ലാതെ ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞ ആ ഏറാമ് മുൻസഭം അപ്പൊണ്ടാകും തപ്പബീലുണ്ട് അർത്ഥമായി മുമില്ലായ തദ്ബീലേ ഉളവാകിതുല്ലു എന്ന് പറയുമ്പോൾ മുമില്ല ലല്ലതദ്ബീലഉണ്ടല്ലോ അല്ലേ അപ്പോ മുഖതമ ഹാദിഹിൽ ഇമാറത്തി ഈ ഇമാറത്തിന്റെ ദാതമന്തായി അന്ന കിതാബഹു ഹാദാ അപ്പോൾ ഈ കിതാബ് മുക്തസറൻ ഗൈറു മുഹില്ലായ മുക്തസറുമാണ് മുതബ്ബലുമാൻ ഗൈറു മുമില്ലായ മുതബ്ബറുമാണ് അപ്പോ ഇഖ്തിസാം തദ്ബീൽ തമ്മിലണ്ടായി ലിദ്ദാനിയൈ അല്ലെ ഋദ് ജപ്തിസറഞ്ഞേ ലായ രണ്ടൊരുമിച്ച് കൂടുതലല്ലോ അതെന്താ പറഞ്ഞ് ബൻ ജവാബ് അതിന് മറുപടി അന്നൽ ജപ്തിസാറന്നുള്ളത് ഒരുത്തരത്താണ് തത്വീല എന്നുള്ള മറ്റൊരു സ്ഥലത്താണ് ഒരുത്തരത്ത് ഒരുമിച്ച് കൂടില്ല എന്നല്ലേറിട്ടുണ്ടോ കിതാബിന്റെ ചില വിഷയങ്ങൾ എന്തുണ്ടാകും എട്ടിസാറാക്കി പറയും ചില വിഷയങ്ങൾ തത്വീരാക്കി പറയൂന്നു علا حزمي ما يتلي المقام في كل اختصارا نم تطبي تنم ادا باو... اثرت المقام تردن ادنسിച്ചിട്ട്นาม النقطه ليكونا برضو அர்த்தو وقت سرتو ان الذي ماطوفن لجتن ابو تنم مول اتفان والمعنى المعنى نдой جهلت عباراتي مقصورهن اني എന്റെ ഇബാറാത്തുകൾ മക്സൂറത്തായി എന്തിന്റെ മേലില് അതിന്റെ അപ്പുറം ഉണ്ടാ വക്കെത്തും മുതൽ അന്ന് ഇങ്ങോട്ടുള്ള മുഴുവനാണ് മുപ്പുറത്താക്കളെടുക്കുന്നത് അപ്പോറാത്തി മക്സൂറത്ത് അല്ലാത്ത ഹരിബാഗിയിൽ ബുർഹാനുകളെ തറാക്കുന്നതിന്റെ മേലെന്താക്കാൻ ഈ വാറത്ത് ചുരുക്കി ഏത് പറയില്ല മറ്റുള്ള ആളുകൾ പറഞ്ഞ് ശുബുഹാത്തൊന്നും കൊണ്ടാന്ന് അതും അത് മറുപടി ഇട്ടാക്കാൻ പറയില്ല നമ്മൾ ആശയം പറയുക ആശയത്തിന്റെ ബുർഹാനും തഹരി എന്നതിന്റെ മേലിൽ എന്റെ ഈ ഞാൻ ചുരുക്കിയിരിക്കുന്നു എന്നാണല്ലോ പിന്നെ കോരുകൾ കൊണ്ടും പോകണം പിന്നെ അഥവാ കൂടിയാലേക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ കോലിന്റെ പുതിയ ചറഹ് അപ്പൊ മനസ്സിലാക്കിക്കൊള്ളാം കൊടുക്കുറഷു അലിയ ബുർഹാനിനേക്കാൾ കൂടുതലായി കൊണ്ടിട്ട് വേറെ പല ശുഭാസം പറയുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങോട്ട് ഇതിങ്ങനെ ആകിയാ എന്താന്ന് അങ്ങനെ ആക്കിയാൽ എന്താ പറഞ്ഞിട്ട് ഇങ്ങനെ അതൊന്നും ഞാൻ കൂട്ടി പറയില്ല എന്ന് പറഞ്ഞ എന്താ സാധനം ആണ് മൊറാദു അതുകൊണ്ടുള്ള മൊറാദന്താ അലീല് പറയൽ എന്നാണ് അത് അക്ലിയാണ് ഓട്ടം ഇല്ലാന്ന് അക്ലിയൻ കാണാൻ ഞക്ലിയൻ സാധാരണ ബുറഹാൻ എന്ന് പറഞ്ഞാൽ ഏതാണ് അക്ലിക്കാ പറയലി പക്ഷെ മുപ്പത്യം അഖലിയാവാലിയുമാവാൻ ബുർഹാൻ ഇസ്മൽ ദലീലിൽ അക്കളി അക്കളിയ ദലീലിനുള്ള പ്രേരാന സാധാരണ ബുർഹാൻ എന്ന് പറയല് നമ്മളിവിടെന്താക്കും അക്കലിയോ നായ ആന്മാക്കി കൊണ്ട് പോയി നക്കുൽ കാസ് മഹന ആൻകനായി ഏതോടൊപ്പം ഈ മഹാ എന്ന് പറഞ്ഞ ആ മഹാന്റെ പേക്കമുണ്ട് അടുത്തേക്കാണ് لارفن متعلق بمحذوبين ها ما هذا المحذوب الذي هو متعلقنا اذا هل حال كون مع البواغيد حال من البراهين براهين للحاله ها محذوبنا ها براهين حال اي حال كون البراهين مصاحبه للفوايد അപ്പൊ ആലക്കോണി ഉണ്ടായി അതിന് ആലി ബറാഹീനിന്റെ മുസാഹിബത്ത് നമുക്ക് സ്വഹബത്ത് കെട്ടുന്ന തരത്തിൽ ചില ബറാഹീനികൾ ആക്കി വെച്ചിരിക്കുന്നു അപ്പൊ ബറാഹിന്റെ കൂടെ ആരുണ്ട് കൊറേ ഫായുധകളും ഉണ്ട് അല്ലേ സ്വവാഹിതവും കണ്ട ജർമ്മുധത്താണ് ിൽ ദുഞ്ഞാവ് അല്ലാഹിറ ദുഞ്ഞാവിന്റെയും ആഹരത്തിന്റെയും ഹൈറാത്തിൽ നിന്ന് ഒരു മനുഷ്യൻ കരകടമാക്കിയ കാര്യങ്ങൾക്ക് എന്ത് പറയും പാ ഇതെന്നു പേര് ഓൻ സമ്പാദിച്ചത് അപ്പോ ഐ എം വന്ന് ദുഞ്ഞാവിലി ആഹ്രത്തില് എന്ത് സമ്പാദിച്ചാലും ഫാദ എന്ന് പറഞ്ഞാലോ അതല്ലേ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉദ്ദേശം ഇവിടെ ഉദ്ദേശം എന്തേ ഉള്ളു വൻമുറാൽ മസാദിയൽമിയായ മസാദിനു മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ പൈസ കിട്ടിയാലോ പറയാതോ ഗുഞ്ഞാത്ത് അതിവിടെ ഉദ്ദേശീല ഇൽമിയായ മസാദിന് മാത്രം ഉദ്ദേശമുള്ളൂ അപ്പൊ അവിടെ തന്നെ ലഭുത ആന്മായും മുറാദ് അല്ല തീ എങ്ങനെയുള്ള മസായിലുകളാണ് ബുർഹാനിന് ശേഷം അത് ഏ അതല്ലേദത്തൻ അതെന്തിനാ പിന്നെ ബുർഹാൻ പോരാ അന്തിനാ കൂടുതലാക്കുന്നുണ്ട് അത് ഈ ബുർഹാൻ ഒന്നുകൂടി വെളിവാക്കിത്തരാണ് ബുഹാൻ മാത്രം പോരാ ബുർഹാൻ പ്രവർത്തിച്ചു കൊട്ടേണ് അതുകൊണ്ട് അതുപോലെ ബുർഹാനുകൾ എന്താക്കി അക്കളിയായ ബുർഹാൻ ആദ്യം പറഞ്ഞു അതിനുശേഷം ഞക്കളിയായ ബുർഹാനും കൂടി പറഞ്ഞ എന്താ നമുക്ക് രണ്ടും കൂടെ കൂടിയല്ല ഏതുപോലെ അല്ലത്തി എങ്ങനെയുള്ള പായുധകളാണ് ബിഹാ എസ് ഉൽക്കീൻ അതുകൊണ്ട് കൂടും അപ്പൊ അല്ലത്തി ബിഹാ എസ് ഉൽ ജീൻ എന്നുള്ളത് പായുധക്ക് സിഹത്താണില്ല അല്ലാത്ത ജുലുണ്ടാവുമല്ലോ അത് അത് സിബത്തുൽ മുറാദു ബിൽ ജസ്മുൽ അക്കായി കൊണ്ടുള്ള ജസ്മിനാണ് യക്കീൻ എന്ന് പറയുന്നത് അപ്പൊ എന്താന്ന് കഴിച്ചോ യക്കീൻ ഏകൂന്നാ പറഞ്ഞത് പായുധ കൊണ്ട് യക്കീൻ ഏകു അപ്പൊ ബുർഹാൻ വേണ്ടോ അസര അപ്പൊ അസുരൽ എന്തുകൊണ്ട് കിട്ടി കിട്ടി പായു കൊണ്ട് കിട്ടി അതാണ് കിട്ടി പറഞ്ഞു സിഫാത്ത് കൊണ്ട് അത് മുപ്പറത്ത് കൊണ്ട് മുറക്കബുണ്ട് ലത്തീഫൻ ലത്തീഫ് മോണ്ടാണല്ലോ പിന്നെ യുവ യുവതി മഹാനിയുള്ളത് ജുംലിയാൻ യുഗീതും അബാനിയാ എന്നുള്ളതും ജുംലിയാൻ നമുക്ക് മിക്കവാറും ജിമില തന്നെ നോക്ക എന്തല്ലേ അതിന് തുടക്കം ലത്തീഫൻ എന്നത് കൊണ്ട് തുടങ്ങി ഇഷാർമ്മൻ ലത്തീഫൻ എന്നത് തുടങ്ങിയിട്ട് ഇതുവരെ കൊണ്ടുപോയി പിന്നെ എന്താ പായ്ലക്ക് തിബത്താണ് പക്ഷെ പായ്ലക്ക് തിബത്തായാലും ആ ചിറയിലേക്ക് മടങ്ങും ബാധിച്ചു ബാധിച്ചിട്ട് അപ്പുറത്തേക്ക് പോകല്ലോ അപ്പോ എട്ടുണ്ടാ മുന്നോതിഹാന രണ്ട് മൂന്ന് ൊക്കിഅനിൽ മുമല്ലി അഞ്ച് ഭക്തർ തൊക്കെ ആറ് മഹുൽ ഏഴേ കാണുന്നുള്ളൂ എനിക്കണം അല മൊക്കിമത്തിയ അല്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ അകാര്യ തവഹീൽ ബൈറ്റാക്കിയതിനുള്ള അതിനുള്ള ഗർഹാണ് എന്നുള്ളത് ഒരു എന്നെ അതുമല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കണം യക്കീനേറുന്ന പൊവാതെ ഉണ്ട് എന്ന് പറഞ്ഞത് യക്കീനേറുക എന്നുള്ളത് പക്ഷേ മഴമാരും പ്രവാതുകൊണ്ട് പ്രമാപിച്ചു എന്ന് പറഞ്ഞു പിന്നെ വനത്തില്ല ആക്കറ് പൊവാതുകൊണ്ട് തീർക്കുന്നുണ്ടല്ലോ പറയുന്നു അപ്പൊ നമ്മൾ ആ തെളിവുകൾ നടക്കൂല അല്ലെ മെനിക്കിട്ട് എട്ട് ഒക്കെ എത്തിൽപ്പെട്ട ഓരോന്നും കമാലാത്താണ് നമ്മുടെ ചടഹിനി പക്ഷേ മുട്ടക്കായ എല്ലാം കൂടിട്ടെന്നല്ല ഓരോന്നും വേറെ വേറെ തന്നെ കമാലത്താണ് അതുകൊണ്ട് ആഗ്രഹിക്കുന്നാക്ക് അത് ഓരോന്നും എന്താക്കും ഈ ചിറങ്ങുകൊണ്ട് കാര്യമായി കണക്കിലെടുക്കാൻ പ്രേരണ നൽകുന്നതാണ് ഏറ്റവും കൂടെ കൂടിയിട്ടുള്ള പ്രേരണയല്ല ഓരോന്നും മനസ്സിന് പ്രേരിപ്പിക്കാൻ മതിയായാകുന്നു അതന്നില്ലേ ആ അള്ളാഹുവിനോട് മാത്രം ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ എന്താക്കി അസനുന്റെ മഹൂരാണ് ഏത് അള്ളാന്നുള്ളത് അപ്പൊ കമൂര മാമൂര് ഏതാണ് അള്ളാഹു അല്ലേ മഹ്സൂര് അതിനെ മുന്തിച്ചിട്ടു എന്നാച്ചിട്ട് ലി ഹറ ഹസൂരിനെ പാട്ടിപ്പിക്കാന്ന് വെച്ചാൽ അള്ളാഹുവിനോടേ ചോദിക്കുന്നുള്ളൂ മനസ്സിലാവില്ല അപ്പോ കിട്ടാ പോയാസ്തി പൊളിഞ്ഞു കിട്ടാ പോകണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാകും കണ്ട വിശ്വസിക്കല്ലോ അതിന്റെ അർത്ഥം എന്നാണ് അപ്പൊ അന്നാ നടക്കൽ നിന്ന് ഞാൻ തേടുന്നു എന്നായി വഹാദച്ചി ഏതാൻ അയ്യം സഹാദില്ലേ അത് അന്നും അന്നു കടന്ന മുതാരിയാ തീരൂരാ അന്നും അന്നുകിടന്ന പേരും അത് മസ്തന്റെ തെവീലാണ് അപ്പൊ അന്നാക്കൈ അഞ്ഞം സിറുബ് മസ്റാക്കാരാ അപ്പൊ അത് രണ്ടാമത്തെ മസ്തൂരാണ് അത്തരൂക്കുണ്ട് അപ്പൊ അന്നാറൂരോട് ഞാൻ ചോദിക്കുന്നു അന്ന അപ്പൊ അസ്ലെന്തായി മുന്തിച്ചിരുന്നതിന് മുമ്പുള്ള അസ്ലി വല്ലാൻ അതിന് അമ്മാൻ ആദ്യം മുന്തിച്ചിട്ട് അതുകൊണ്ട് തിരിച്ചിട്ടുല്ലമൻ തലക്കാഹുന്ന് വന്നിട്ടല്ല അത് മനമൂലാണ് എന്തിന്റെ മരമൂത്ത ആരിക്കുപകാരം ചെയ്യണം കുല്ലമൻ എല്ലാ ഓരോരുത്തർക്കും തലക്കാഹു അതിന് ഏറ്റെടുത്തിട്ടുണ്ട് കബോൽ മിക്കൽ ബിൻ സലീം കൊണ്ട് അതിന് ഏറ്റെടുക്കുക എന്ന് പറിൻ അതാണ് തലക്കാഹുനാണ് എന്നുള്ളത് സ്വന്തം നഫ്സ് കൊണ്ടറിഞ്ഞ മുത്താല ചെയ്തു അല്ലെങ്കിൽ ഉസ്താദ മുഖേന മുതാല ചെയ്തു എന്നുള്ളതാണ് തലക്കാവുന്റെ വ്യാഖ്യാനം ഇനി ഇത് കൽബൻ തെറീമെ അതിനെ പറ്റിയാ പറയുന്നത് അതാ കലാമത്തിൽ കൽബന്റെ ഒഴിവാക്കാനാണ് ഇല്ലല്ലേ അതുപോലെ താഴ്ച ഉദ്ദേശങ്ങൾ അതും വെക്കണ്ട ഇനി ഏത്രാദിയും വേണ്ട എന്തുകൊണ്ടാണ് ഏറ്റുക്കാദ് ഏത് സാധനം കൊണ്ടുള്ള എന്താണ് അത് ഹുബിനോടും ഏറ്റുക്കാദിനോളം താപിയാണ് അതാദ്യം വേണം ഹബ്ബം വേണം അതിനുള്ള ഓരോ കൽപ്പ് അംഗീകാരം കൊടുക്കണം എന്നാലും അതുകൊണ്ട് കൊടുക്കും അപ്പൊ ഒരു മരുന്ന് കൊടുക്കുന്ന അത്തരത്തിന്റെ എന്തുവാണോ ആ മരുന്നിനോട് അകത്യം പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്തോ ദശാദിനോ എത്തിക്കാൻ ഇല്ല ശരിയാവില്ല നല്ല എത്തിക്കൊള്ളുമ്പോൾ അതിനുകൊണ്ട് തന്നെ രസം മാറാനുള്ള ഒരു സാധനമാണ് അതുപോലെ തന്നെ ما توفقنا ان ينفع انا مرتفالا فهو من جمله المسؤول اpondai ينفع انا مرتفالا فهو المسؤول المسؤول النقطه لطفا اذا الله يريد يوديكون وقوله مصنفه ذلك القوله خالصا ان اللغه ما يمول يجعل يجعل ده مفصولا 2වවතફل عليكم يجعل هو المفصول ني خالصا 2වවතફل இல்ல പിന്നെ ഇന്നോ കരി ആ വജു കെരീംന്ന് പറഞ്ഞു എന്താ ഈ വജുഗന്താ പറഫത്താണ് കരിത് വൽമുറാ തൊള്ളിൽ വജുന്താത്താണ് അതടുക്കൽ ഇന്തൽ ഹലത്ത് കലത്തീകളും ഹലത്തീങ്കളും ഉണ്ടല്ലോ ഹലത്തീങ്ങിലടുക്കൽ ദാത്ത് നാട്ടുകൊടുക്കുന്നു എന്നാ തലപ്പുസാരി സ്ഥലപ്പു കളപ്പിനിടുന്ന സ്ഥലത്തിൽ എന്താണ് ഇതൊരു അംഗത്തിന് സുഖത്താക്കലായില്ല ഒടുവിനെ സുഹത്താക്കലായല്ലോ മറ്റേതാമല്ലാദ്യമാണ് അപ്പൊ ഒടുവിനെ സുഹൃത്താക്കുമ്പോൾ പലപ്പോഴും തിരപ്പ് പറയെന്താണ് ഇല്ലാ ഈ വധുഖ് ബുധുഹിന്ദ്രെ പക്ഷെ ലാ കല് സാധാരണ വധുവിളെ പോലെ അല്ല അല്ലാത്ത എന്തോന്നറിയുടെ കൈസ്യത്തറിയില്ല ഒരു ബീജുന്നറിയില്ല അപ്പൊ ഇത് ഈ മുത്തശ്ശാബി ഹാത്തിൽ പൊട്ടു മുത്തശ്ശാബിഹാർ പെടുന്ന വസരത്തിൽ അങ്ങനൊന്നുണ്ട് വിശ്വസിച്ച് കൊടുക്കാൻ എഫിയത്തോ തപ്സിൽ നമുക്ക് അറിയാൻ നോക്കാം അതാണ് തെരച്ചോ ആണപ്പോ അതിന് തെളിവില് കൊടുക്കുന്നേ അവിടെ രാത്രി തെളിവീല് കൊടുത്തു അപ്പ എപ്പോഴും അതോടൊപ്പം സിഫാത്തിനൊത്തൊട്ട് അതിന് അർത്ഥം അപ്പൊ എല്ലാത്തിനും സുഹൃത്തു قوله تعالى إنه المولى الرؤوس عند مولانا ورنال ياسين السعيدة معانا للعب إما بكسر إنهو نالذي بكسر الحمزة الحمزة الغسرون دوايقنام إيم إيم هذا استيقنا فينه جملة جانا إنهو نالذونا جملة الرؤوس ما فينه إيم الليوهي جلده إنه لما ذلك جانا ورائد هم ും പറയുന്ന വായ്പ ഇല്ലല്ലോ തലത്തിന് അല്ലേ തലസ്യങ്ങളോ കലഫ്യങ്ങളോ എല്ലാം പിന്നെ സത്താധാരിമാവ് ശരോലക്കാരി പറഞ്ഞു ദിയാതത്വം നിലവ് കിട്ടുന്നത് അതിലാണ് കലഫ്യങ്ങളോ അതൊരു ഇതാണ് പിന്നെ ഏറ്റവും ഇന്നത്തെ തീരു മിഞ്ഞിട്ടുണ്ട് കൂടുതൽ സരാമത്തുണ്ട് മറ്റോണ്ടാക്കാം ജനല് കമ്മി ചമ്മളിക്കേണ്ടി ആ വ ജകര് സംബന്ധിക്കാണ്ടൊക്കെ ഞമ്മൾ ആകെ പിടിച്ചിരുന്നിട്ട് മറ്റോ വജീനങ്ങൾക്ക് ഈ തെഹുവീര് ഇല്ലാന്നെ അപ്പൊ തെവീരാണ് അത്ര രണ്ടോ സ്വാഭാവന പക്ഷെ മറ്റോട് അധാകാരൊയ്യും ഇവർക്ക് അവർ ധ്യാളത്തിൽ ഇരുമുണ്ട് പിന്നെ മറ്റൊരു നിങ്ങൾ എത്ര ശതാമത്താകുണ്ട് അതണ്ട് വെറുതെ നേരം പറ്റപ്പോത്തൊട്ട് വധികം നീപാറത്തുള്ള സാധാരണ കൊടുക്കത്തിനകത്തൊട്ട് ജഹിമാറത്തുള്ള പറഞ്ഞാല് പ്രത്യേക അനുഗ്രഹം അപ്പൊ ആ പ്രത്യേക മജാതായി എന്തേലും ആ രംഗവുമായി പ്രത്യേക മതമുള്ളതിനാണല്ലോ മജാജി യുഗിരി മജാദി മുർത്തിരി ചെപ്പ മജാജ് മുറുക്കൻ ആ ചക്തി ആ വസ്തു എവിടെയാണോ പ്രത്യേക കണക്ഷൻ ഉള്ളത് അതിനെ പിടിച്ചിട്ട് കൊടുത്തിട്ടാണ് അപ്പൊ ഇവിടെ വജുരൂ എന്ന് പറയുമ്പോ ആ മതാ പ്രത്യേക വഞ്ചോ സമങ്കാല യുവജി അവ ലാർ എന്ന് വെച്ച സാധാരണ പൊതുവെ അപ്പോൾ ലിക്കാരി വിട്ടണമെങ്കിൽ ഹാർഫ് അഞ്ചാമൻ അമന് സ്വാധീനം മുലാവിശ്ചരിക്കും വിവാദത്തിലൊപ്പം ഈ ഹാതെ